ജലത്തിന്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ അറിയൂ ജലത്തിന്റെ രസം എന്താണെന്ന് ജലത്തിന്റെ രസം മധുരമാണ് അതെയോ അതെ അതെങ്ങനെ അറിയുക ഒരു നെല്ലിക്ക് കഴിക്കാം എന്നിട്ട് വെള്ളം കുടിക്കുക ജലം മധുരമാണ് മധുരമാണ് ജലം എന്ന് എങ്ങനെയാ അറിയ എന്നാണെങ്കിൽ ആ ജലം ആവശ്യമുള്ള സമയത്ത് കുടിക്കണം മരുഭൂമിയിൽ നടക്കണം നടന്ന് നടന്ന് നടന്ന് നടന്ന് നടന്ന് മരുഭൂമിയില് ഒരാള് മരുഭൂമിയിൽ പെട്ടു അങ്ങനെ മരുഭൂമിയിൽ പെട്ടിട്ട് അദ്ദേഹം നടന്ന് വലഞ്ഞ് അങ്ങനെ വലഞ്ഞ് കൊണ്ടിരിക്കുമ്പോ ഒരു കാറ് വന്നു കാറെന്ന് പറഞ്ഞാൽ അവിടെ ഓടുന്ന അങ്ങനെ ഒരു വാഹനം വന്നപ്പോ അയാളത് കൈ കാണിച്ചു ഇയാളാകെ ഒരു പരുവത്തിലായിട്ടുണ്ട് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ട് പറഞ്ഞു കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഈ ടൈ ഇതിന് നൂറ് രൂപയുള്ളൂ വളരെ ലാഭമാണ് ഈ ടൈ മേടിച്ചോളൂ അപ്പോ ദേഹം പറഞ്ഞ എനിക്ക് വെള്ളമാണ് വേണ്ടത് അപ്പൊ ദേഹം വേറൊരു ടൈ എടുത്തു അമ്പത് രൂപ എന്ത് പറഞ്ഞാലും ഇയാളുടെ ടൈ എടുക്കുന്നത് അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഈ മനുഷ്യന് ദേഷ്യം വന്നു എനിക്ക് ടൈ അല്ല വേണ്ടത് എനിക്ക് വെള്ളമാണ് വേണ്ടത് ഓ നിങ്ങൾക്ക് വെള്ളമാണോ വേണ്ടത് നോക്കൂ ഈ ഇവിടെ വന്ന് ആരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ ടൈ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇദ്ദേഹം വളരെ പറഞ്ഞു നോക്കി ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ടൈ തരാമെന്ന് പറഞ്ഞു അവസാനം എനിക്ക് വെള്ളമാണ് വേണ്ടതെന്ന് പറയാം എന്തിന് പറയണോ അവസാനം അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു അപ്പം എന്നാൽ നേരെ കുറച്ചുകൂടെ പോയിക്കോളാൻ പറഞ്ഞു നേരെ പോയി കഴിഞ്ഞാൽ അവിടെ പോയാൽ അവിടെ വെള്ളം കിട്ടും എന്ന് പറയും അങ്ങനെ ഇദ്ദേഹം വീണ്ടും എന്താ ഏഞ്ഞ് വലിഞ്ഞ് അവിടെ അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടെ ഒരു വലിയൊരു എന്താ ക്ലബ്ബാണെന്ന് പറയാം അപ്പൊ അവിടെ പോയി ഗേറ്റിൽ പറഞ്ഞു ഒരാൾ എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു അപ്പൊ പറയാം ടൈ ഉള്ളവരെ ഇവിടെ അകത്തേക്ക് കടത്തുള്ളൂ പറയാം ടൈ ഉള്ളവർക്ക് ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ ഇപ്പോഴും ഇന്ത്യയിലൊക്കെ തന്നെ ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും പല സ്ഥലങ്ങളിലും ടൈ ഉണ്ടെങ്കിൽ അകത്ത് കയറ്റുള്ളൂ എന്ന വെള്ളം കിട്ടില്ല നമുക്ക് ടൈം അങ്ങനെ വലഞ്ഞ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് അയാളോട് ചോദിക്കുക ഇതിന്റെ രസം എന്താന്ന് അപ്പൊ പറഞ്ഞുതരും മധുരമാണ് എന്ന് പറയും അല്ലെങ്കിലും ജല മധുരമാണ് അതിന്റെ രസം എന്ന് പറയാം ഈ ജീവന്റെ രസ എന്ന് പറയുമ്പം ഈ ജീവന്റെ ആദിരൂപമായ ഈ സയൻസ് പറയല്ലോ എന്താ പ്രോട്ടോപ്ലാസം എന്ന് ആദിരൂപം അതിലാണത് രൂപം കൊള്ളുന്നത് അത് ഞാനാണ് അഹം രസ അസ്മി നമ്മുടെ ജലം ഇപ്പോ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് ഈ ഉപനിഷത്തിൽ ഒരു ഉപനിഷത്തിൽ നമ്മുടെ ഈ ജീവന ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് ഈ ജലം നമ്മുടെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതെന്താവുന്നു എങ്ങനെ നിലനിൽക്കുന്നു ഓരോന്നിനെക്കുറിച്ചും അതിൻ്റെ മജ്ജ മജ്ജ എല്ല് എല്ലിൻ്റെ മജ്ജ മജ്ജയിൽ നിന്നുണ്ടാകുന്ന എന്താ ഈ രക്തം ആ രക്തത്തിലുള്ള വിഭജനങ്ങൾ ഇത്യാദികളൊക്കെ അതിൽ നിന്ന് നാം മാറ്റിയെടുക്കുന്ന രക്തമുണ്ടല്ലോ അല്ലെ നല്ല പ്യുവർ വാട്ടർ പോലെ എന്താ അതിന് പറയാം പ്ലേറ്റ് എന്ത് കൗണ്ട്ലെസ് പ്ലേറ്റ്ലെസ് അങ്ങനെ എന്തൊക്കെയൊരു വാക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ നല്ല പച്ചവെള്ളം പോലത്തെ സാധനം ബ്ലഡ് ചകപ്പല്ല അതിനെ അങ്ങോട്ട് അത് ആ ഇതിൽ പോയിട്ടുള്ളവർക്കറിയാം അഹം രസ അസ്മി അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം പോയി രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ രസം ഈ എന്താ പുളി ഏത് രസ സ്വാമി തക്കാളി രസമാണോ അതോ പുളിരസമാണോ സ്വാമി പറയുന്നത് ആ രസമല്ല ഇതിൻ്റെയൊക്കെ എസൻസായി നിൽക്കുന്ന അത് ഞാനാണ് ജലത്തിൽ അഹമസ്മി പിന്നെ ഈ എന്താ ഷഡ് രസങ്ങളുണ്ട് അതെന്തൊക്കെയാണ് മധുരം അതുപോലെ തിത്തം പിന്നെ കഷായം അം ലവണം ഇതൊക്കെയാണ് അതും ഞാനാ ഓരോന്നിനും ഓരോന്ന് പകരുന്നത് ഞാനാണ് ശശി സൂര്യയോഹോ പ്രഭ അഹമസ്മി ശശി സൂര്യയോഹോ ചന്ദ്രനിലെയും സൂര്യനിലെയും പ്രഭ പ്രകാശം അഹമസ്മി ഞാനാകുന്നു അപ്പൊ ചന്ദ്രന്റെ ആ ഒരു ശീതളിമ അതനുഭവിക്കുന്ന സമയത്ത് നാം ആരെയാണ് അനുഭവിക്കുന്നത് ഈശ്വരനെ ഈശ്വരൻ എവിടെ ഈശ്വരനെവിടെയെന്ന് പറഞ്ഞ് നടക്കുക ോ ഒരു ദിവസമെങ്കിലും ഒരു പൗർണമിയെങ്കിലും എന്താണെന്ന് ഒന്നറിയോ ഒന്ന് ആകാശത്തേക്ക് നോക്കൂ അഥവാ ഇവൻ ആകാശത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ വല്ല നാളികേരം ഉണ്ടോ എന്ന് മാത്രമേ വല്ല തെങ്ങിന്റെ മുകളിലേക്ക് അതിന്റെ തെങ്ങിന്റെ മുകളിന് മുകളിലേക്ക് അപ്പുറത്തേക്ക് നോട്ടം ഇല്ല എന്ന് പറയാ പിന്നെ വല്ല റോക്കറ്റ് പോണം എന്നാ നോക്കൂ അപ്പൊ ചന്ദ്രന്റെ ശീതളിമ അതാരാണ് അഹമസ്മി ഞാനാകുന്നു സൂര്യന്റെ കിരണങ്ങൾ അതിലെ പ്രഭ അതും അഹമസ്മി ഞാനാകുന്നു ശശിസൂര്യയോ പ്രഭ അഹമസ്മി സൂര്യചന്ദ്രന്മാരിലെ പ്രകാശം ഞാനാകുന്നു സർവവേദേഷ പ്രണവ സർവവേദങ്ങളിലെയും പ്രണവം ഓംകാരം പ്രകർഷേണ നവം ചയത് തത് പ്രണവം എന്നും നിലനിൽക്കുന്നത് അതിൻ്റെ പുതുമയാൽ അതിൻ്റെ സ്വമാഹാത്മ്യത്താൽ വിരാജിക്കുന്ന ആ പ്രണവം ഓംകാരം ഞാനാകുന്നു സർവവേദേഷു പ്രണവ അഹമസ്മി ഖേ ഖേ എന്ന് പറഞ്ഞ ആകാശത്തിലെ ശബ്ദം അഹമസ്മി ഞാൻ അതിലെ ശബ്ദമാകുന്നു നൃഷു പൗരുഷം അഹമസ്മി ൃഷു നരന്മാരിലെ മനുഷ്യന്മാരില്ലെ പൗരുഷം ആ പുരുഷന്റെ ലക്ഷണേ പൗരുഷം അഹമസ്മി പൗരുഷം എന്ന് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ പുരുഷന്റെ ചില മീശ ഇത്യാദി യോഗ്യതകളാണ് അങ്ങനെ പറയും അതല്ല ഒരു ഭാര്യ അമ്മ അവർക്ക് വലിയ തലവേദനയാണ് അപ്പൊ തലവേദന വന്ന് അവര് കിടക്കുക അപ്പൊ അവര് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് തലവേദനയുടെ ലക്ഷണം കണ്ടപ്പോ അവിടെ വണ്ടി ഓട്ടോറേഷൻ നിർത്തിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ വേദനയ്ക്കുള്ള ബാമ് മേടിച്ചിട്ടുണ്ട് ആ ബാമുമായിട്ടാണ് വന്നത് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്ന് വേഗം എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്ത് അവരങ്ങോട്ട് കിടന്നു ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് വല്ലാതെ തലവേദനയ്ക്കുന്നുണ്ട് തല വെട്ടിപ്പൊളിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അവരാ ബാമ് അവിടെ വെച്ച് കിടന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അവർ ആ ഭാവ് തുറക്കാൻ വേണ്ടി ശ്രമം നടക്കുക അതിന്റെ ആ മൂടി തുറക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് പറ്റുന്നില്ല അതങ്ങോട്ട് കുറെ ശ്രമവും നടത്തുന്നുണ്ട് അപ്പൊ അവരുടെ തലവേദന എല്ലാം കാരണം അത് അവരെ അവിടെ തന്നെ വെച്ചു എന്നാൽ ഇവിടെ ഒരു പൗരുഷനുള്ള പുരുഷൻ ഇവിടെ ഉണ്ട് ഇപ്പുറത്തുണ്ട് എന്നാ അവൾ പറയട്ടെ അതായത് തലവേദനയാണെങ്കിൽ അഹങ്കാരത്തിനൊരു കുറവുമില്ല എന്നോടൊന്ന് ഒന്നൊരു വാക്ക് പറയണ്ടേ എന്നാൽ ഞാൻ തുറന്നു കൊടുക്കുമല്ലോ അവർ പറഞ്ഞതുമില്ല ഈ ദുഷ്ടൻ ഒന്ന് തുറന്നു തരുന്നുമില്ല എന്ന് അവരും മനസ്സിൽ അവരവിടെ കിടന്നു എന്ന് പറയാം കുറച്ചു നേരം കിടന്നു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് തോന്നി ശരിയല്ല ഇത്രയാലും സഹധർമ്മിണിയല്ലേ ഞാൻ തുറന്നു തരട്ടെ ഞാൻ തുറന്നു തരട്ടെ അത് അവരൊന്നും വേണ്ടിയില്ല ഞാൻ തുറന്നിട്ട് തേച്ചു തരട്ടെ അവരൊന്നും മേണ്ടിയില്ല അവർ അങ്ങനെയായപ്പോ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു ഞാൻ തുറന്നു തരണോ ഞാൻ ദേഷ്യം തരണോ എന്നൊക്കെ ചോദിച്ചു നീ എന്താ ഒന്നും പറയാത്തത് അവരൊന്നും അവർക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി അവരങ്ങനെ തന്നെ മിണ്ടാതെ കയടുന്നു ഓരോ പറച്ചിലും പൊത്തപ്പ അങ്ങനെ എന്താ പറയുക ഇതായിട്ട് അവരങ്ങനെ കേടുന്നു ഇദ്ദേഹത്തിന് ദേഷ്യം എന്ന് ഇദ്ദേഹം കഥക് തുറന്നിട്ട് വലിച്ചടച്ച് പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചു പക്ഷേ ആൾ വന്നില്ല എന്ന് പറയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു ഇവർ എഴുന്നേറ്റ് ഇവർക്ക് ഏതായാലും ഉറങ്ങണം അത് അപ്പുറത്തെ മുറിയിൽ കടന്നോളും എന്നുള്ളതിൽ കുറ്റിയിട്ടു ബോൾട്ടിട്ടു കടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പുകയൊക്കെ പുകച്ചിട്ട് കഥകിന് മുട്ടാൻ തുടങ്ങി തുറക്കാൻ ഏതായാലും സോറി ഞാനത് തുറന്നു തരാം എന്തൊക്കെയോ പറഞ്ഞു കഥകൾ തുറക്കുന്നെന്ന് പറഞ്ഞു അപ്പം അവർ കഥകൾ തുറക്കുന്നില്ല പിന്നെ കഥക് തുറക്കാൻ ഇല്ല തുറക്കില്ല എന്നുള്ള മട്ടല്ല അവരൊന്നും കിട്ടുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോ പറയാ ചവിട്ട് ഞാൻ പൊളിക്കും കഥക എന്ന് അവര് പറഞ്ഞു ഒരു ബാമ് തുറക്കാൻ പറ്റാത്തവനീ കതക് പൊളിക്കാൻ പോയ അടുത്ത മുറി കിടന്നുറി പൗരുഷം നൃഷു എന്ന് പറയുമ്പം ഈ പറഞ്ഞ എന്താ പറയുക ഈ മസിലെടുക്കലൊന്നുമല്ല എന്ന് പറയുക എന്നിട്ടോ അവിടെ ഉണ്ട് ഈ എന്താ മെയ്ഡ് ഫോർ ഈ ചതർന്നാണ് അവിടെ വലിയൊരു കലണ്ടറൊക്കെ ഉണ്ടെന്ന് പറയാം രണ്ട് ഇണക്കുരുവികളുടെ അപ്പം നിഷു പൗരുഷം മനുഷ്യന്മാരിലെ ആ മനുഷ്യത്വം ദുർഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൃഷു പൗരുഷം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്നാണ് അത് അഹമസ്മി ഞാനാകുന്നു നമുക്ക് വേണ്ടതാണ് മനുഷ്യത്വം അറിയണു ദുർലഭം ത്രയമേ വെയ്തത് ദൈവാനുഗ്രഹ ഹേതുകം ദുർലഭം ഏതത്രയം ദൈവാനുഗ്രഹ ഹേതുകം ഈശ്വരാനുഗ്രഹത്തിന് ഈശ്വരാനുഗ്രഹമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ദുർലഭം ത്രയമേ വൈതത് ദൈവാനുഗ്രഹ ഹേതുക്കം എന്തൊക്കെയാണ് മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ വിവേക ചൂടാവുന്നില്ല ആചാര്യസ്വാമികൾ പറയുന്നു മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ അപ്പൊ മനുഷ്യനായിട്ടിരിക്കുക എന്നുള്ളത് വലിയ അപൂർവമായിട്ടുള്ള ഒന്നാണ് അതെ നമ്മളും അങ്ങനെയാണല്ലോ ആളുകളൊക്കെ നല്ല പെരുമാറ്റം പെരുമാറുന്ന സമയത്ത് നമ്മൾ പറയില്ലേ നല്ല മനുഷ്യത്വമുള്ള ഒരാളാണെന്ന് നമുക്ക് സഹജമായി വേണ്ടതല്ലേ അത് അതെ പക്ഷേ അത് അപൂർവമായിട്ടേ കാണുള്ളൂ ചില ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ പോയി അവിടെ വളരെ നന്നായി പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ നല്ലൊരു മനുഷ്യത്വുള്ളൊരു ഓഫീസർ ഉണ്ട് അവിടെ കെ എസ് ആർ കൃത്യ സ്ഥലത്ത് ഇറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് കൃത്യമായി ചില്ലറയും കാര്യങ്ങളുമൊക്കെ തരുന്ന ഒരു കണ്ടക്ടറാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അവിടെ നിർത്തി തരാം എന്ന് പറയുമ്പം നിങ്ങൾ പറയില്ലേ നല്ല മനുഷ്യത്തുള്ളൊരു കണ്ടക്ടറായിരുന്നു അതെന്ന് അതല്ല നമ്മൾ നൂറ് രൂപയാണ് കൊടുത്തത് നൂറ് രൂപയായിട്ട് രാവിലെ തന്നെ ഇറങ്ങും മനുഷ്യനെ ചുറ്റിക്കാൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി പത്ത് രൂപ ഉണ്ട് കൊടുക്കാൻ അപ്പൊ അമ്പത് രൂപ കൊടുത്തിട്ട് അഞ്ചാളോട് പറയും നിങ്ങൾ അഞ്ചു പേരും കൂടെ എടുത്തോളാൻ അങ്ങനെ അഞ്ചു പേര് അവർ പോകണം കടകളായിട്ട് കണ്ടിട്ടുണ്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലർ കാണാം ഒരുമിച്ച് പോവും നമ്മൾ വിചാരിക്കും ഒരു സുഹൃത്തുക്കളാണ് അല്ല കാരണം ഒരാൾക്ക് ഒന്നര രൂപ ഒരാൾക്ക് രണ്ട് അമ്പത് ഒരാൾക്ക് ഏഴ് മുപ്പത് ഉണ്ടാവും അതെ അങ്ങനെ എഴുതി വിടുന്നു അറിയാം അങ്ങനെയുള്ള കണ്ടക്ടറോട് നമ്മൾ എന്താ അവരോടുള്ള മനോഭാവം ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു മനുഷ്യ അല്ലേ മനുഷ്യനിൽ അപൂർവമായി കാണുന്ന ഒരു സിദ്ധി വിശേഷമായിട്ടാണ് മനുഷ്യത്തെ മനുഷ്യത്വത്തെ നാം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതെന്താണ് പിന്നെ മഹാ മനുഷ്യത്വം മുമുക്ഷത്വം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം വേണം എന്നൊരാഗ്രഹം മഹാപുരുഷ സംശ്രയ അത്തരത്തിലൊരു മഹാത്മാവിന്റെ സാന്നിധ്യം ഇത് അപൂർവമായിട്ടുള്ളതാണെന്ന് വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട് അഹം പൗരുഷം അസ്മി ഞാനാണ് എന്താണ് ആ പൗരുഷം ഞാനാകുന്നു അതിലെ മനുഷ്യത്വം ഞാനാകുന്നു ജലത്തിന്റെ രസം ഞാനാകുന്നു സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഞാനാകുന്നു എല്ലാ വേദങ്ങളിലെയും പ്രണവം ഞാനാകുന്നു അതുപോലെ മനുഷ്യരിലെ മനുഷ്യത്വവും ഞാനാകുന്നു അപ്പൊ മനുഷ്യനിലെ ഈശ്വരൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ എന്താണ് മനുഷ്യത്വം നഷ്ടപ്പെടുക നഷ്ടപ്പെടുക അതവിടെ ഉണ്ട് പക്ഷെ അത് പ്രകടമാകുന്നില്ല അപ്പൊ മനുഷ്യത്വത്തിലൂടെയാണ് ഈശ്വരൻ നമ്മിൽ പ്രകടമാകുന്നത് പ്രകടമാകേണ്ടത് തുടർന്നു പുണ്യ गंधर पृथिव्या तेजस तेज चहमस्सौ जीवनम सर्वूतेषु तपम तपस्व पृथिव्या പൃഥിയിലെ ഭൂമിയിലെ പുണ്യ ഗന്ധ അഹമസ്മി ഭൂമിയിലെ പരിശുദ്ധമായ ഗന്ധം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിന്റെ ആ സുഗന്ധം മറ്റുള്ളതൊന്നും ഞാനല്ല എന്നതല്ല ഗന്ധമെന്ന ആ സവിശേഷത അത് ഭൂമിയുടേതാണ് ഭൂമി അതിൻ്റെ പ്രതിപ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗന്ധത്തെ ഉണ്ടാക്കുന്നത് ഗന്ധം എന്നത് ഭൂമിയുടെ ഒരു സ്വഭാവമാണ് ഭൂമിയുടെ സൂക്ഷ്മമായിട്ടുള്ളതാ ഭൂമിക്കൊരു ഗന്ധമുണ്ട് പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ കന്നിമണ്ണിന്റെ ഗന്ധം ഉണർന്നു എന്നൊക്കെ അതിനൊരു ഈ പറഞ്ഞ ജീവജാലങ്ങളൊക്കെ അഴുകുന്ന സമയത്ത് ചീഞ്ഞ് അഴുകുന്ന സമയത്ത് അതുപോലെ വൃക്ഷങ്ങൾക്കും പുഷ്പങ്ങൾക്കും കായ് ഫല ഈ ഫലമൂലാദികൾക്കും ഒക്കെ ഓരോരോ ഗന്ധമുണ്ട് ആ ഗന്ധമെന്ന ആ സൂക്ഷ്മമായത് അഹമസ്മി ഞാനാകുന്നു ഒരു നാടൻ വെള്ളരിക്ക അല്ലേ അതുപോലെ ഒരു മത്തൻ പാവയ്ക്ക പാവൽത്തോട്ടത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗന്ധമുണ്ട് ആ പാവയ്ക്കയുടെ മണമൊന്നും ഇന്ന് മാർക്കറ്റില് ഇല്ല എന്നൊക്കെ വേറെന്തൊക്കെയോ ഗന്ധമാണ് അല്ലേ പലതും ഉള്ളില് ഉള്ളിലെന്തോ കാണാം പുറമെ എന്താ വലിയ സൗന്ദര്യമൊക്കെ ഉണ്ടാവും ഇപ്പൊ നമുക്ക് വേണ്ടത് ഈ സൗന്ദര്യാണെന്ന് പറയാം അതുകൊണ്ട് അതിന്റെ ഗന്ധമൊക്കെ പോയിട്ടുണ്ട് ഗന്ധ അഹമസ്മി ഞാൻ അതിലെ ഗന്ധമാണ് വിഭാവസൗ തേജഹ അഹമസ്മി വിഭാവസൗ എന്ന് പറഞ്ഞാൽ അഗ്നിയിലെ തേജ തേജസ് അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ഥൂലമായി കാണുന്ന അഗ്നിയല്ല അതിന് ഒരു സൂക്ഷ്മ തലമുണ്ട് അത് ഞാനാകുന്നു സർവഭൂതേഷു ജീവനം എല്ലാ ജീവികളിലെയും ജീവനം ജീവൻ അതായത് ജീവഭാവത്തിലാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് ജീവികളിലെ ജീവൻ അഹമസ്മി തപസ്വിഷു തപഹ അഹമസ്മി തപസ്വികളിലെ തപസ് തപസ് എന്ന് പറഞ്ഞാല് സന്തോഷപൂർവം അനുഷ്ഠിക്കുന്ന യാതനകളെയാണ് തപസ് എന്ന് പറയാം സന്തോഷപൂർവം അത് ചെയ്യുന്ന ആൾക്ക് അത് വളരെ അനായാസമായി ചെയ്യാൻ സാധിക്കുക അതാണ് തപസ് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഉപനിഷത്തില് ആചാര്യൻ തപസ്സിനെ തപോകാലത്തെക്കുറിച്ച് പറയുന്നത് മനുഷ്യന്മാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗർഭകാലത്തെയാണ് അത് തപോകാലമാണ് അത്ര എന്തുകൊണ്ടെന്നാലും വളരെ നല്ലൊരു ഉദാഹരണമാണ് ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ സമയത്ത് അവർ വളരെ കരുതലോടുകൂടി ജീവിക്കേണ്ടതുണ്ട് തോന്നിയതുപോലെ വാരി വലിച്ച് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല തോന്നിയതുപോലെ ചാട്ടി എഴുന്നേറ്റ് ക്രിക്കറ്റ് കളിക്കാനോ ബാറ്റ് കളിക്കാനോ ഒന്നും പറ്റില്ല അല്ലേ നടക്കുന്നതിൽ ഇരിക്കുന്നതിൽ എല്ലാറ്റിലും അങ്ങേയറ്റത്തെ ശ്രദ്ധയുണ്ട് ഒരു കാര്യത്തിന്റെ സാക്ഷാത്കാരത്തിനായിട്ട് അവരെപ്പോഴും സദാ ജാഗരൂകരായി അതേസമയം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മുഴുവൻ മാറ്റിവെക്കുന്നു തപോകാലം എന്നാണ് ഋഷി അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അമ്മ എന്തൊക്കെ ഉണ്ടായിരുന്നു അത്ര ഇന്ന് വെറും കേവലം ബാഹ്യമായിട്ടുള്ള ചിലത് കഴിക്കാൻ പറ്റാത്തത് കഴിക്കാത്തത് എന്നിട്ടാണ് ഈ ഓരോ ആഗ്രഹം പറയുക എനിക്ക് മസാല വേണം ഉള്ളിവട വേണം എന്നിട്ട് ഈ മനുഷ്യൻ പാവം പന്ത്രണ്ട് മണിക്ക് സ്കൂട്ടർ എടുത്തിട്ട് ഉള്ളിവട മേടിക്കാൻ തട്ടുകടയിലൊക്കെ ഇങ്ങനെ പോവുക പന്ത്രണ്ട് മണിക്കൊക്കെ ഈ ആഗ്രഹം പറയാം അല്ലെങ്കിൽ മുളകാ പച്ചടി എന്താ അത് വേണം ഇത് വേണം മാങ്ങ വേണം ചക്ക വേണം എന്നൊക്കെ പറയും ഒരു മാവിന്റെ മുകളിലും ആദ്യ അതൊക്കെ നടക്കും പിന്നെ മാങ്ങ നീ മിണ്ടാതെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ആദ്യത്തെതിനുമൊക്കെ മാങ്ങ പറഞ്ഞാൽ പിന്നെ അച്ഛൻ പറഞ്ഞു മക്കളെയൊക്കെ വിളിച്ചു നാലഞ്ച് കുട്ടികളുണ്ട് കുട്ടികളെല്ലാം പോക്കറ്റ് മണി ചോദിക്കും എന്തിനും പോക്കറ്റ് മണി പോരാ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടായി എന്ന് കണ്ടപ്പോ അച്ഛന് തോന്നി ഒരു മീറ്റിംഗ് വിളിക്കാം എന്ന് മക്കളെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു മക്കളെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും എല്ലാവരും ഇരുത്തി നാലഞ്ച് കുട്ടികളുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്കറിയോ അച്ഛൻ ചെറുപ്പത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ വളർന്ന് വന്നത് അച്ഛൻ ചെറുതാവുമ്പം പത്രം ഇടാൻ പോവായിരുന്നു പത്രം വീടുകളിലൊക്കെ ഓടി കൊണ്ടു കൊടുക്കും മഴക്കാലത്തൊക്കെ അച്ഛൻ പത്രം ഇടുന്ന സമയത്ത് എത്ര വിഷമാണെന്നറിയോ അച്ഛൻ്റെ വഴിയെ ഓ ആ വീട് പറഞ്ഞു കൊടുത്തു ഇന്ന് പറമ്പിലെ ദിവസം ഓടി വരികയായിരുന്നു രാവിലെ എന്നിട്ട് അച്ഛന് പേടിയാണ് ഒരു ദിവസം അച്ഛനെ കടിക്കാൻ അതോടി വന്നു അച്ഛൻ പത്രഘട്ടൊക്കെ ആയിട്ട് ഉരുണ്ട് വീണു അച്ഛൻ ഒരു യൂണിഫോമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അച്ഛൻ അത് സ്കൂളിൽ നിന്ന് വന്നാൽ അച്ഛൻ തന്നെയാണത് എന്താ പറയുക അലക്കി ഉണക്കി എടുത്തൊക്കെ വെച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ അച്ഛനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നിട്ട് ഇന്നിപ്പം നിങ്ങൾക്ക് നോക്കൂ എല്ലാവർക്കും പോക്കറ്റ് മണി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിതിങ്ങനെ വളരെ എന്താ പറയുക അങ്ങേയറ്റത്തെ വികാരത്തോടുകൂടി ഇതിങ്ങനെ കുട്ടികൾ കേട്ടിരിക്കുക അപ്പം അച്ഛനൊരു സമാധാനമാവും പിള്ളര് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇനി നാളെ മുതലൊന്നും ചോദിക്കില്ല എന്ന് അപ്പൊ അതിലെ ചിടുങ്ങൻ പറയാ അച്ച ഞാൻ പറ്റുവെക്ക അച്ച അച്ഛൻ ഇപ്പൊ ഞങ്ങളുടെ കൂടെ കഴിയുമ്പോഴല്ലേ സുഖം എന്താണെന്ന് അറിഞ്ഞത് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ എല്ലാ പഴമയെക്കുറിച്ചുള്ള തപസ്സിനെ കുറിച്ചും തപസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുട്ടികളോട് പറയുന്ന അതല്ല അതപ്പം നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അപ്പോഴത്തെ ഒരു കാര്യത്തിന് ഇതൊക്കെ ഇല്ലാത്തതൊക്കെ പിന്നെ ഇങ്ങനെ എന്താ വിളിച്ചു പറയാൻ ഉള്ളതല്ല ഒരു സ്വാമി ഞങ്ങളുടെ കൂട്ടത്തിലെ സ്വാമി എന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരു കുട്ടി പറഞ്ഞു എന്നാണ് അച്ഛനിങ്ങനെ പറയൂ എത്ര എന്താണ് എടാ ഞാനൊക്കെ പഠിക്കുമ്പോൾ മണ്ണെണ്ണ വിളക്കിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടാണ് പഠിച്ചത് നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുറവാണ് കുട്ടി പറഞ്ഞു മണ്ണെണ്ണയുടെ കുറവാണ് അല്ലാതെ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പലതുണ്ട് കുട്ടികൾ തിരിച്ചു പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട് അറിയാ നിനക്ക് എന്ത് എബ്രഹാം ലിങ്കൻ ആ വിളക്ക് വേണ്ട ചുവട്ടിലിരുന്നിട്ടാ പഠിച്ച് പാസായി അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് അതെ അച്ഛൻ അച്ഛൻ ഒരു കരയോത്തിന്റെ പ്രസിഡന്റായോ അച്ഛന്റെ പ്രായത്തിൽ ലിങ്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇതല്ല തപസ് തപസ് ഇതാ ഋഷി ഗർഭകാലത്തെ തപവുകാലമായിട്ട് ചിത്രീകരിക്കുമ്പം വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ എന്തൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട് എന്നറിയോ കഴിക്കുന്ന കാര്യം മാത്രമല്ല പിന്നെയോ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നടക്കുന്നത് ഉറക്കം എത്ര ഉറങ്ങണം അധികം ഉറങ്ങാൻ പാടില്ല എപ്പോ കിടക്കണം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 അതി കുറങ്ങാൻ പാടില്ല ഇപ്പൊ കിടക്കണം പിന്നെയോ അതിലൊക്കെ വളരെ കഠിനമായിട്ടുള്ളത് കാണുന്നത് കേൾക്കുന്നത് വായിക്കുന്നത് ഇന്ന് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്താ നിരന്തരം സീരിയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അവരാർക്ക് വേണ്ടി കാണുന്നു ആർക്ക് വേണ്ടിയിട്ടാ അമ്മ കാണുന്നത് അകത്തിരിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയാ കേൾക്കുന്നത് ആർക്ക് വേണ്ടി കാണുന്നു ആർക്ക് വേണ്ടി ശ്വസിക്കുന്നു ആർക്ക് വേണ്ടി ആ നടക്കുന്നു തപസ്സാണ് ഒരു സാക്ഷാത്കാരത്തിൻ്റെ ഒരു സാക്ഷാത്കാരത്തെ ഇങ്ങനെ കാത് എന്താ പറയുക കണ്ണും കാതും ഓർത്തുകൊണ്ടുള്ള തപസ് ഒരു ചര്യ എന്ത് ഗംഭീരാണ് എന്താ പറയുക ഋഷി നമ്മളോട് അത് പറയുന്ന സമയത്ത് അല്ലാതെ ഇത് വേണ്ടിയിരുന്നില്ല എന്നല്ല അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്താണ് നൊന്ത് പറ്റൂ അല്ലെങ്കിൽ പറയില്ലേ അതിന് ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ചുമന്നു അത് ചുമന്നു എന്നാണ് പറയുന്നത് ഇതെന്തോ ഒരു പോലെയാണ് ആ ഭാഷ തന്നെ പത്ത് മാസം ചുമന്ന് പെറ്റ് എന്നെ വേണം പറയാൻ ശരിയാണ് അത് കാരണം നിങ്ങൾ ചുമക്കുകയായിരുന്നു നിങ്ങൾക്കൊരു ഭാരമായിരുന്നു നമ്മുടെ പൂർവികൻ അതിനെ അങ്ങനെയല്ല വിശേഷിപ്പിച്ച് ചുമക്കുക എന്നുള്ളൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയും അവിടെ ദയവീത അത്തരം പ്രയോഗങ്ങളൊന്നും നടത്താതിരിക്കൂ നമ്മളെ സംബന്ധിച്ച് അതൊരു തപസ്സായിരുന്നു തപസ്സിൽ നിന്നാണ് അപ്പൊ അതാരാണ് അഹമസ്മി അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് തപസ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ കഴിഞ്ഞ് ഈ വിദ്വാന്മാരുടെയൊക്കെ നാം ചെയ്യുന്ന ഓരോ ഒരു കുട്ടി അക്ഷരം പഠിക്കാൻ അവൻ ആ എന്ന് എഴുതാനെടുക്കുന്ന പ്രയത്നം അഹമസ്മി ഞാനാകുന്നു േ അവനൊരുങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ആരൊക്കെ വാലു വരയ്ക്കാൻ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ ചെറിയ കുട്ടികൾ ചിത്രം വരയ്ക്കുന്നുണ്ടോ പേപ്പർ വെച്ചിട്ട് ആദ്യം ഇവിടെ ഇരുന്ന് വരയ്ക്കും പിന്നെ അവിടേക്ക് വരും മറ്റേ അപ്പുറം ഇരുന്നു അതെ ആനയുടെ ചെവി വരയ്ക്കുമ്പോ അത് അവിടെ അങ്ങനെ വന്നു ഇരുന്നിട്ട് പിന്നെ അത് വാലു വരയ്ക്കണമെങ്കിൽ ഇവിടെ വന്നിരിക്കും ഒരു പ്രയത്നം ഉണ്ടല്ലോ അതൊരു ചെറിയ കുട്ടിയുടെ മുതൽ വലിയ ആളുടെ ഋഷിയുടെ തപസ് മുതൽ അവൻ ആ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി സാക്ഷാത്കാരത്തിനു വേണ്ടി വല്ല നദിയുടെ തീരത്തോ ഗുഹാമുഖത്തോ ഇരിക്കുന്നത് വരെ ആ അതെല്ലാം അഹമസ്മി ഞാനാകുന്നു അല്ലാതെ തപസ് എന്ന് പറഞ്ഞാൽ ഈ താടിക്കാർക്ക് മാത്രമുള്ള ഒന്നല്ല അങ്ങനെ കരുത്തേക്കത് നമ്മളൊക്കെ തപസ് ചെയ്യുന്നു ഒരു കള്ളുകുടിയൻ രണ്ടു കുപ്പി കള്ളിൽ നിന്ന് ഒരു കുപ്പിയാക്കി മാറ്റാൻ തീരുമാനിച്ചുവെങ്കിൽ ആ ഒരു കുപ്പിയോട് എടുത്ത സമീപനം തപസ്സാണ് അതും അഹമസ്മി ഞാനാകുന്നു അല്ലാതെ കുറച്ച് വളരെ വിശേഷപ്പെട്ട കുറച്ച് ആളുകൾക്ക് മാത്രമുള്ളതാണ് തപസ് എന്ന് കരുതരുത് പ്രയത്നം മാർച്ച് മാസത്തിൽ ഉറക്കമൊഴിഞ്ഞ് എന്താ കാലിൻ്റെ അടിയിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ കാലു വെച്ചിട്ടാണ് പഠിക്കുന്നത് എന്താ ഉറങ്ങിപ്പോവാതിരിക്കാൻ അത് അഹമസ്മി ഞാനാകുന്നു ആ ആ തപസ് ആ പരിശ്രമം ഇങ്ങനെയൊക്കെ ഭഗവാനെ അറിയുന്ന സമയത്ത് നമുക്ക് എന്തൊരു ഉണർവുണ്ടാവണം വേണം അല്ലാതെ ഭഗവാൻ എവിടെ ഇവിടെ ഇവിടെ ഇപ്പം മുതൽ കോണിച്ചു വിട്ട് പൂജാമുറിയിലിരിക്കുക അല്ലെങ്കിൽ തിരുവേനി തുറക്കണം നട അമ്പലത്തിൽ എന്നാൽ അപ്പം കാണാം മിക്കവാറും അത് നട തുറന്നാൽ തന്നെ ഇദ്ദേഹം ഇതിന്റെ ഇങ്ങനെ തിരിഞ്ഞു വിളിക്കുകയാണ് അദ്ദേഹത്തിന് ഒന്ന് മാറിയിട്ടൊന്ന് ഭഗവാനെ കാണണം എന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല അങ്ങനെ നമ്മൾ ആകെ പരിഭവിക്കണോ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ കവിടുതാ തപസ്സു ഞാനായിരിക്കണോ എന്താ തേജ അഹമസ്മ ഗന്ധ അഹമസ്മി അതുപോലെ പുണ്യ പുണ്യ ഗന്ധ അഹമസ്മി വീണ്ടും ഭഗവാൻ തുടരുന്നും സർവഭൂതാതനം ബുദ്ധിർബുദ്ധിമതസ് േ പാർത്ഥ സന ബുദ്ധി ബുദ്ധിമുതസ് തേജസ്വിനേജേ അജുന പാർ മാം സർവൂത സനം ബീജം മാം എന്നെ സർവഭൂതാന സകല ചരാചരങ്ങളുടെയും സനാതനം ബീജം നിത്യമായ ബീജം വിദ്യ എന്ന് അറിഞ്ഞാലും ഞാൻ ആരാണ് സനാതനമായിട്ടുള്ള നിത്യമായ ബീജമാണ് അതിൽ മാറ്റമില്ല എന്ന് പറയാ നമ്മൾ ഈ നമ്മുടെ മുറ്റത്തുണ്ടാവുന്ന പുല്ല് ശല്യം സഹിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹിക്കാനല്ല ഒഴിവാക്കാൻ നമുക്ക് അസഹനീയമായി തോന്നുന്ന സമയത്ത് നമ്മളതിനെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് തീ കൊടുക്കും ഇല്ലേ തീയിട്ട് നശിപ്പിക്കും നമ്മളിതായിരിക്കും കഴിഞ്ഞു എന്ന് മഴ മഴ പെയ്ത് കഴിഞ്ഞാൽ എവിടുന്നാണ് ഇത് വരുന്നത് നമ്മുടെ ഈ ചില ഈ കാർഷിക ഈ അടുത്ത കാലത്ത് കേരളത്തിന് അടുത്ത കാലത്താണ് നമുക്ക് നമ്മുടെ കുട്ടിക്കാലമൊക്കെ വെച്ച് നോക്കുമ്പം ഒരിക്കലും കർഷകൻ ഒരു ദ്രോഹിയായിട്ടിരുന്നില്ല എന്ന് പറയും എന്ന് കർഷകൻ കച്ചവടക്കാരനായോ അന്ന് ഭൂമിക്ക് വലിയ വേദനയായി തുടങ്ങി പണ്ട് ഈ പെരിചാരിയെ പിടിക്കാനും വലിയെ പിടിക്കാനും ഇവൻ ഇത്ര മാത്രം പരിശ്രമിച്ചിരുന്നില്ല ഇന്നിപ്പോ ഒരു കള പോലും നശിപ്പിക്കുന്ന കീടനാശിനികളെ കൊണ്ട് നാം നമ്മുടെ മുറ്റവും എല്ലാം ചെയ്തിരിക്കുക പിന്നെ അത് ജനിക്കാത്ത വിധത്തിൽ പക്ഷേ അത് വേറൊരു വിധത്തിൽ ജനിക്കും എങ്ങനെയത് ജനിക്കുക നമ്മുടെ ഇവിടെ മുഴയായിട്ടോ അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും വിധത്തിൽ അതിന് ജനിക്കണമല്ലോ ഏതായാലും നിങ്ങൾ മുറ്റത്ത് സമ്മതിക്കുന്നില്ല എങ്കിൽ എന്നാ പിന്നെ ഇവന്റെ തലമുണ്ടയ്ക്ക് അകത്തും അവിടെ ഇവിടെയൊക്കെ ആകാം എന്ന് കരുത പരാഗം നടത്തുന്നത് ഈ ചെറു പ്രാണികളാണ് ഷഡ്പഥങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് അടുത്ത കാലത്താണ് എന്തിന് ജെ സി ബോസ് ആണല്ലോ വൃക്ഷങ്ങൾക്കൊക്കെ ജീവനുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ തന്നെ അദ്ദേഹത്തിന് വട്ടാണെന്ന് ആ പാശ്ചാത്യം സി ബോസ് എന്നൊക്കെ പറഞ്ഞു ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരിച്ച ആളാണ് അത് പരാഗം നടത്തുന്നു അത് അവരൊരു ഈ പ്രകൃതിയുടെ ഒരു പാരസ്പര്യം ഉണ്ടല്ലോ അല്ലേ ഒന്ന് പോയിട്ട് ഈ അടുത്തപ്പോ നമ്മൾക്ക് ഇങ്ങനെ ഈ കാർഷിക വിഭവങ്ങളില് കൂടുതൽ നോട്ടം വന്നപ്പോ ആ ജാതിക്ക് ആണുണ്ട് പെണ്ണും ഉണ്ട് അപ്പൊ രണ്ടും വേണം അപ്പൊ ഓ അത് അതും കൂടെ ഇത് ശരിയാവുള്ളൂ എന്നാ പിന്നെ അടുത്ത പറമ്പുകാരൻ ഉണ്ടല്ലോ അത് എന്നാ പിന്നെ അതവിടെ ഇരിക്കട്ടെ അപ്പൊ ഇത് അപ്പൊ അയാൾ അത് വെട്ടാൻ പോകുമ്പോ അല്ലെ അത് വെട്ടരുത് അത് ഇവിടെയും കൂടെ അങ്ങനെ ഒരു ജാതി അപ്പുറം പോയി നിൽക്കുന്നത് നമ്മുടെ ജാതി ചോദ്യം നോക്കിയിട്ടൊന്നുമല്ല അല്ലെങ്കിൽ നമ്മുടെ തമ്മിലുള്ള ഈ പറഞ്ഞ സുഹൃത് ബന്ധത്തിന്റെ വെളിച്ചത്തിലൊന്നുമല്ല അത് നിലകൊള്ളുന്നത് ആരാണ് ഞാനെന്ന് നീ അറിയ എന്താണ് സർവഭൂതാനാം സനാതനം ബീജം അഹമസ്മി എല്ലാറ്റിന്റെയും ബീജം ഞാനാണ് വിത്ത് എല്ലാറ്റിന്റെയും വിത്തായിട്ട് ഞാൻ നിലകൊള്ളുന്നു എന്ന് ത്വം വിധി നീ അറിയണം അതുപോലെ നീ അറിയൂ ബുദ്ധിമതാം ബുദ്ധി ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാനാണ് നല്ല ബുദ്ധിയാണല്ലോ അതെ അത് അഹമസ്മി ഞാനാകുന്നു എല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ട് തേജസ്വിനാം തേജ അഹമസ്മി തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെയാണ് ഇപ്പൊ ബാഹ്യമായിട്ട് നമ്മളെ കാണാൻ ആരെങ്കിലുമൊക്കെ പറയണോ നോക്കൂ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയും കേട്ടോ എന്തായാലും അതാരാണ് ഭഗവാൻ പറയുന്നു എവിടെ ആകർഷണമുണ്ടോ അത് ഞാനാണെന്ന നിങ്ങളുടെ കണ്ണ് നല്ലതാണ് നിങ്ങളുടെ മൂക്ക് നല്ലതാണ് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമല്ലോ ആ സമയത്തൊക്കെ എന്താ അഹം അസ്മി ഞാനാണ് മൂക്ക് രൂപത്തിൽ കുറച്ച് തേജസോട് കൂടിയിട്ട് നിൽക്കുന്നത് എന്ന് പറയാം ഇനി തേജസ്സിനെ ണേണ്ടത് ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യം ഉണ്ടല്ലോ സൗന്ദര്യത്തിന്റെ ലക്ഷണവും പലതാണ് അപ്പൊ തേജസ് എന്ന് പറയുമ്പം ആ ചൈതന്യവത്തായി നിൽക്കുന്നത് ഞാനാണ് എന്താണോ നമുക്കൊരാളെ കാണുമ്പോൾ തോന്നുന്നത് ഒരാകർഷണം തോന്നുന്നുവെങ്കിൽ അത് ആ ചൈതന്യം അവിടെ നിലനിൽക്കുന്നത് അത് ഭഗവാനാണ് അപ്പൊ ഭഗവാൻ ചിലർക്ക് കുറച്ചധികം കൊടുത്തിട്ടുണ്ടാവും ചിലർക്ക് അതിൽ വല്ലാത്ത വിഷമോ അസൂയോ ഒക്കെയാണ് ഒരു മറ്റുള്ളവരെ കാണുമ്പോ അപ്പൊ ഈ അസൂയ മാറണമെങ്കിൽ എന്ത് വേണം ഇതാ ഇതാണ് എന്നറിഞ്ഞോളൂ എന്ത് ഭഗവാനാണത് തേജസ്വി നാം തേജ അഹമസ്മി അത് തേജസ് പല പ്രകാരത്തില ഇപ്പൊ ഒരുവന് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കാം നല്ല കയ്യെഴുത്തായിരിക്കും കണ്ടുകഴിഞ്ഞ മണിമണി പോലെ ഉണ്ടാവും അല്ലേ ചിലര് നല്ല ഫുട്ബോൾ കളിക്കാരനായിരിക്കും ചിലർ നന്നായി പാടുന്നതായിരിക്കും ചിലത് പ്രഭാഷണ പ്രസംഗമായിരിക്കാം ചിലത് നല്ല അഭിനയമായിരിക്കാം ഇങ്ങനെ കൊടുക്കുന്നു അതെല്ലാം തേജസ്സാണ് ആ വല്ല അത് ഞാനാണ് എന്ന് പറഞ്ഞാൽ നല്ലതിന്റെ ലിസ്റ്റ് മുഴുവൻ ഭഗവാൻ കണ്ടെടുത്ത് വെക്കിയല്ല അതുകൊണ്ട് അത് വരുന്നത് പറയുന്നത് തരക്കേട്ടിലല്ലോ ഭഗവാനെ അപ്പൊ ഞങ്ങൾക്കൊന്നുമില്ലേ ഒക്കെ നിങ്ങളിങ്ങനെ എടുത്തുകൊണ്ടുപോകുക അത് ശരി അഹം തേജഹ അഹം അസ്മി ഞാൻ തേജസാഗുന്നു ഇനി അടുത്ത മന്ത്രം അടുത്ത ശ്ലോകം നോക്കാം ബലം ബലവം കാമരാഗ വിവർജിതം കാമോസ് ബലം ബലവതം ചം കാമരാഗ വിവർജിതം ധർമാ വിരുദ്ധ ഭൂതേഷു കാ അഹമസ്മു ഭരദർഷഭ അസ്മി എന്നുള്ളടത്തൊക്കെ അഹം ഉണ്ട് അസി എന്നുള്ളടത്തൊക്കെ ത്വം ഉണ്ട് എന്താ പറയുന്നത് ബലവതാം കാമരാഗ വിവർജിതം ബലം അഹമസ്മി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത് വളരെ പ്രധാനപ്പെട്ട എന്താണ് ബലവാന്മാരുടെ എങ്ങനെയുള്ള കാമരാഗവർജിതം മവും രാഗവും ഇല്ലാത്ത ചേരാത്ത ബലം അഹമസ്മി ഞാനാകുന്നു നാം ഇതുവരെ കണ്ടത് ഹിറ്റ്ലറെ പോലുള്ള ബലമാണ് അത് ഭഗവാനല്ല എന്ന് പറയും അത് ഭീരുവിന്റെ ഭയമാണ് അപ്പൊ കാമരാഗ വിവർജിതമായിട്ടുള്ള ഒരു ബലത്തെ ലോകം ഇനിയും കണ്ടിട്ടില്ല നാം ഉണ്ടാക്കിയ ആറ്റം ബോംബിന്റെ ബലവും ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട ശത്രുവിനെ ഇല്ലാണ്ടാക്കുക നാം ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ടാണ് നാം അത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാ അത് ഇന്ത്യ ആവട്ടെ അമേരിക്ക ആവട്ടെ പാകിസ്ഥാനാവട്ടെ ആരും ആവട്ടെ ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ശാസ്ത്രം പറയുന്ന സമയത്ത് ഈ ആചാര്യന്മാർ പറയുന്ന ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇത് ഒരു മഹാഭാരത യുദ്ധം പൂർവന്മാർ നമ്മുടെ മുൻപിൽ തന്നത് യുദ്ധത്തിൻ്റെ ഗതിയെ പറയാനാണ് പിന്നെ നിങ്ങൾ ഈ ഒന്നും രണ്ടും യുദ്ധം നടത്തിയെങ്കിൽ നിങ്ങളെപ്പോലെ വിഡ്ഢികൾ ഈ ലോകത്ത് വേറെ ഇല്ല എടോ മഹാഭാരത യുദ്ധം തന്നെ യുദ്ധത്തിന്റെ അനന്തരബലത്തെ കാണിച്ചു തന്നിട്ടുള്ളതാ ലോകത്തിന് മുഴുവൻ ഇപ്പോഴും നീ യുദ്ധത്തിന് വേണ്ടി ഒരുക്കു ഇതൊക്കെ ദുര്യോ അടുത്തേക്ക് ഒരു കീരി പോയിട്ട് ചോദിക്കുന്നുണ്ട് രാജസൂയ യാഗത്തിന് ശേഷം ഗംഭീരാണ് ഒരു കീരിയെ കൊണ്ട് വ്യാസൻ പറയിപ്പിച്ചിട്ടുണ്ട് കാര്യം മനുഷ്യന് പോലെ ഇനിയും സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ല ഇവനൊക്കെ എവിടെ നിൽക്കുന്നു ലോക നേതാക്കന്മാരുടെയൊക്കെ നിൽപ്പ് എവിടെയാണ് നാം വരേന്യരെന്ന് കരുതുന്ന നാം ഏറ്റവും അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിക്കുന്ന സാർക്ക് ഉച്ചകോടിയും അതുപോലെ മറ്റ് മറ്റ് പലതും ഇതിൻ്റെയൊക്കെ നിലനിൽപ്പ് ഏതിലാണ് പലരും പലരും പല ആയുധങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എവിടെയാണ് സ്വാമി ഒരു രാജ്യത്തിനും എതിർ പറയുകയല്ല കേട്ടോ കാരണം അവിടെയൊക്കെ പോകേണ്ടതാണ് അങ്ങനെ പറയല്ല കാരണം ഇതുവരെയുള്ള നമ്മുടെ എല്ലാം തന്നെ നമ്മുടെ കണ്ടെത്തലുകളെല്ലാം ഇപ്പൊ കാമരാഗ വിവർജിതം ബലം എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ബലമാണ് അത് ഇന്ന് നമ്മുടെ അയൽക്കാരൻ ഒരു കാറ് മേടിച്ചാൽ അപ്പൊ നമുക്ക് നമ്മുടെ കാറും അത്ര അങ്ങോട്ട് പോരാ എന്ന് തോന്നി തുടങ്ങും നമുക്കൊന്ന് മാറ്റണം അയാൾ ഒരു വാരി പൊക്കി മതിൽ കെട്ടിയാൽ നമ്മളും ഉടനെ വിളിക്കുകയായി കല്ലാശാരിയെ അതിനേക്കാൾ രണ്ടുപേരി ഇവിടെ പൊക്കണം ശത്രുതനെ സൃഷ്ടിക്കുമ്പോഴാണ് നേരെ പറഞ്ഞു അയൽക്കാരും നമ്മളും തമ്മില് ഒരു തരത്തിലുള്ള ശത്രുതയും ഇല്ലെങ്കിലും നമ്മൾ പറയുക എന്തിനാ ഇവിടെ ഒരു മതില് മതിലിന്റെ ആവശ്യമില്ല എന്ന് പറയാം അങ്ങനെ നമ്മൾ തമ്മിൽ വല്ലാത്തൊരാത്മബന്ധം പുലർത്തുന്നുവെങ്കിൽ നാം നമ്മുടെ ഇടയിൽ മതിലുകൾ നാം സൃഷ്ടിക്കില്ല പണ്ടൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ കുട്ടിക്കാലാണ് പറയുന്നത് സ്വാമിയെ കണ്ടാറിയാലും നമുക്ക് ഉദ്ദേശ എത്ര പ്രായം ഉണ്ടാവും എന്ന് അറിയില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ജനിച്ചത് കൂട്ടിയെടുത്തു ചിലപ്പോ പലർക്കും ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും എത്ര വയസ്സ് പറഞ്ഞേക്കാം എഴുതി വെച്ചോളൂ ഒരു വിജയദശമി ദിവസം ജനിച്ചു വീട്ടിലാണ് ജനിച്ചത് അതുകൊണ്ട് മാറിപ്പോവാനൊന്നും സാധ്യതയില്ല നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കറിയാം പല പറമ്പിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാ നമ്മൾ കടയിലൂ അവിടെ ഇവിടെയൊക്കെ പോവുക ആരും ചോദിക്കില്ല ആര അവിടെ എന്ന് അല്ലേ പറമ്പിൽ മറ്റു പറമ്പുകളിൽ പോയി മാങ്ങ വീണ് കഴിഞ്ഞാൽ അത് പോയി എടുക്കാനൊക്കെ ഒരു അവകാശം ഉണ്ടായിരുന്നു അന്യന്റെ പറമ്പിലാണെങ്കിലും അവിടുത്തെ മാങ്ങ വീണു അത് വാങ്ങിയല്ലേ ഇതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര ഇത് എന്ന് നമുക്ക് തന്നെ ചോദിക്കാനും അല്ലെങ്കിൽ ഒരാളെ തടയാനും മറ്റൊരാൾക്കും സാധിച്ചിരുന്നില്ല അങ്ങനെ ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും ആ തറവാടൊക്കെ തന്നെ ഭാഗം ചെയ്യുമ്പം അതാ ചേച്ചി ഒരു മതിൽ കെട്ടുന്നു അനിയനിപ്പുറത്ത് വേറൊരു അപ്പോഴേക്കും മണ്ണിറക്കുന്നു കല്ലിറക്കുന്നു രണ്ടുപേരുടെ ഒരു നോട്ടുണ്ട് അവിടെ അങ്ങനെ നിന്നിട്ട് ആ ഈ കുട്ടികൾ ഇങ്ങനെ കളിക്കുമാ കയറി പോവാനല്ലേ പറഞ്ഞ പിന്നെ കുട്ടികളൊക്കെ കയറി പിന്നെ ഇവർ ഈ മതിൽ അങ്ങോട്ട് സൃഷ്ടിക്കാം അല്ലെ ഒരു അതിർത്തിയിൽ ഒരു മരുന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പോലും വേദനിപ്പിച്ചുകൊണ്ടാണ് അതിന്റെ എന്താ പറയാ വേരൊക്കെ ചെത്തിയെടുത്തുകൊണ്ട് മതിൽ നമ്മൾ സൃഷ്ടിക്കും നേരെ കുറച്ച് നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രേമം നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി കഴിയുന്ന ഭിന്ന ജാതി ആവട്ടെ ആരും ആവട്ടെ മലബാറിലൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ മതിലുകളില്ലാത്ത പറമ്പുകൾ ഉള്ളിയേരി ഉള്ളിയേരി ബാലുശ്ശേരി ഈ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കാണാം അതൊക്കെ ഏറെക്കുറെ അവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊന്നുമില്ല അത് നമുക്കൊരിക്കലും അത് മതിൽ കെട്ടാൻ തോന്നില്ല കിടക്കട്ടെ എന്ന് അവർ ഇങ്ങോട്ടും വരുന്നു നമുക്കറിയാലോ ഒരു ചെറിയ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു വരി കല്ലു ഇങ്ങനെ അടിയിലിട്ടിട്ട് അതിൻ്റെ ഒരു അതിർത്തി അങ്ങോട്ട് നിശ്ചയിച്ച് വെച്ചേക്കും അത്രയേ ചെയ്യുള്ളൂ മോളിലേക്ക് പൊക്കാൻ പറ്റില്ല അഥവാ പൊക്കിയാൽ തന്നെ അവിടെ ഒരു വിടവിട്ടിട്ട് ഒരു ഗേറ്റ് വയ്ക്കും അല്ലെങ്കിൽ ഗേറ്റ് ഇല്ലാതെ ഇട്ടേക്കും കാരണം അവർക്ക് ഇങ്ങോട്ട് വരാനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കാമരാഗ വിവർജിതം ബലം ഈ ഭയ ഇല്ലാതെയും രാഗമില്ലായ്മയും ഇല്ലായ്മയിൽ നിന്ന് ഒരു വലമുണ്ടാകുന്നുവെങ്കിൽ അത് ഞാനാണ് അതുകൊണ്ടാണ് യുദ്ധോത്സുകൻ യുദ്ധത്തിൽ താല്പര്യമുള്ളവൻ അന്തനായിരിക്കും എന്ന് പറയുന്നത് ആ അന്തൻ ഒരിക്കലും ആരോടാണ് താൻ യുദ്ധം ചെയ്യേണ്ടത് എന്ന ചോദ്യമുണ്ടാവുന്നില്ല അതുകൊണ്ടാണ് ദുര്യോധനന് ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ദുര്യോധന് ചോദ്യമില്ലാതിരുന്നത് സംബന്ധിച്ച് ആ ചോദ്യം വളരെ പ്രസക്തമാണ് അവൻ നിരീക്ഷകനാണ് നിരീക്ഷകൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും യുദ്ധോത്സുകനായിട്ടുള്ള യുദ്ധത്തിൽ ഭ്രമമുള്ളവൻ അവൻ ശത്രുവിനെ നിരീക്ഷിക്കില്ല മറിച്ചവൻ ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടല്ലേ ഇവർക്കൊക്കെ ഹിരോഷിമയിലും നാഗസാക്കിയിലും പരീക്ഷിക്കേണ്ടി വന്നത് വി ഓഫ് നാഗസാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ ഒരു ഏഴു പേര് ഏഴു പേര് അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു നോവൽ പോലെ ഒരു സാധനമുണ്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഒരു രണ്ട് ദിവസത്തേക്ക് അടങ്ങി എന്താ പറയുക വല്ലാത്തൊരു നമ്മുടെ തലമണ്ടയ്ക്കൊക്കെ എന്തൊക്കെ ഒരു വല്ലാതെ ഇതായിപ്പോവും അതിനെക്കുറിച്ച് എന്താ പറയുക അതിൻ്റെ ചിത്രീകരണം അതിനെ കണ്ടിട്ടുള്ളവർ ഒരു ഫാമിലി കുട്ടികളെ ഇതിങ്ങനെ വരും വരും എന്തോ ഒരു ഭയപ്പെട്ട് ഈ യുദ്ധത്തിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും യുദ്ധത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ജപ്പാന്റെ മുകളിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ മാത്രമുള്ള പ്രതിരോധം ജപ്പാൻ സൃഷ്ടിക്കുന്നില്ല അങ്ങനെ ഒരു വേളയിലാണ് ചെയ്യുന്നത് കാരണം ഏകദേശമൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഇതിൻ്റെ പേടി കൊണ്ട് ഒരു ദമ്പതികള് കുട്ടിയെ മലമുകളിൽ പാർപ്പിക്കുന്നതാണ് കുറച്ചു പേര് കുട്ടികളെ കൊണ്ടുപോയിട്ട് മലമുകളിൽ പാർപ്പിക്കുമ്പം ഈ മലമുകളിൽ ഇരുന്നിട്ട് ഈ കുട്ടി കാണുന്ന കാഴ്ചയാണ് ഒരു വലിയ തീ പന്തം അല്ലെങ്കിൽ തീ ഗോളം ആകാശത്തിലേക്ക് കയറുന്നതും എന്നിട്ടോ ആളുകൾ വെള്ളത്തിനായിട്ട് നെട്ടോട്ടം ഓടുന്നത് എങ്ങനെയാ ആളുകൾ ഓടുന്നത് ഓരോരുത്തർ അതിനെക്കുറിച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് അതായത് ഈ കോഴിയുണ്ടല്ലോ കോഴിയെ തൊലി പൊളിച്ചിട്ട് നമ്മുടെ ഇതിലിങ്ങനെ വെക്കില്ലേ തൊലിയുരിഞ്ഞ മനുഷ്യന്മാർ ഓടുക എങ്ങനെ ഉണ്ടാവും തൊലിയൊരിഞ്ഞ മനുഷ്യന്മാർ അങ്ങനെ ഓടുന്നു വെറി പിടിച്ചുകൊണ്ട് വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ചോര ഛർദ്ദിച്ച് ഈ തൊലി പോയിട്ടുണ്ട് രക്തം ഒലിക്കുന്നുണ്ടോ എന്ന് ഇല്ല അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ള ഒരു പരീക്ഷണം ീ ഭൂമിക്ക് മുഴുവൻ മുഴുവൻ ലോകത്തിനും അപ എന്താ പറയുക നാണക്കേടുണ്ടാക്കുന്ന ഒരു പരീക്ഷണം നടത്തിയെങ്കിൽ മനുഷ്യൻ ഈ ഫലത്തിൻ്റെ പിറകില് കാമരാഗ വിവർജിതമാണോ അല്ല എന്ന് പറയുക ഒരിക്കലും അല്ല വെറും പരീക്ഷണം ഇത് തങ്ങൾ സൃഷ്ടിച്ചു ഇത് മനുഷ്യരാശിയിൽ പ്രയോഗിക്കണം എന്നിട്ടോ അതിന്റെ അനന്തര ബലത്തെ അറിയണം ഞങ്ങൾക്ക് പഠിക്കണം ഞങ്ങളുടെ ഗവേഷണ വിഷയമാണിത് അപ്പൊ കാമരാഗ വിവർജിതം ബലം എന്ന് പറഞ്ഞാല് ഈ ലോകത്തിന് ഇനിയും മനസ്സിലാവാത്ത ബലമാണ് സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു ബലം ബർലിൻ വതിലുകൾക്കൊന്നും അവിടെ ഒരു സ്ഥാനവും ഇല്ല അപ്പൊ കാമരാഗ വിവർജിതം ബലം എന്ന് പറഞ്ഞാല് ഈ ലോകത്തിന് ഇനിയും മനസ്സിലാവാത്ത ബലമാണ് സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു ബലം ബർലിൻ മതിലുകൾക്കൊന്നും അവിടെ ഒരു സ്ഥാനവും ഇല്ല മുഹമ്മദ് ബഷീറിന്റെ ഒരു മതിലുകൾ എന്ന ഒരു ചെറിയ ചെറിയ കഥാപുസ്തകമുണ്ട് അത് അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന സിനിമ ഉണ്ടാക്കി കാൻ ഫിലിം ഫെസ്റ്റിവലില് അത് വളരെ ചർച്ച ചെയ്യപ്പെട്ടു എന്താണത്ര കാരണം ബെർലിൻ മതിൽ പൊളിക്കുന്ന ഈ എന്താ ക്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും ഒക്കെ ഈ യൂറോപ്പിലൊക്കെ ഈ ഇത് കൊടുമ്പിരി കൊണ്ട സമയത്താണ് ഗോർബച്ചോവിന്റെ പുതിയ മാറ്റങ്ങളെ ലോകം സ്വാഗതം ചെയ്ത സമയത്തൊക്കെയായിരുന്നു അടൂരിന്റെ ഈ സിനിമ അവിടെ ഫിലിം ഫെസ്റ്റിവലിൽ വളരെ ശ്രദ്ധേയമായത് രണ്ട് ജനതയെയാണ് അവരതിൽ കണ്ടത് എന്ന് പറയുക രണ്ട് ജനതയെ വിഭജിച്ചിട്ടുള്ള ആ രണ്ട് ജനതയുടെ പരസ്പരം കാണാനും ചേരാനുമുള്ള അങ്ങേയറ്റത്തെ ഒരു ദാഹം ഒരു ജനതയെ വിഭജിക്കാൻ പോകുന്ന മതില് കെട്ടുന്ന ആ മതിലിന്റെ ബലം കാമരാഗ വിവർജിതം എന്നാണ് മനസ്സിലാക്കിയത് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഈ മതില് കാണും ഇതിലും വലിയ നാണക്കേട് ഭൂമിയിൽ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കൂ ഇതൊക്കെയാണ് ബലമായിട്ട് നമ്മുടെ കുട്ടിയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ചരിത്രത്തിന്റെ പേരും പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതാണ് കാമരാഗ വിവർജിതം ബലം അഹമസ്മി നിന്നിൽ നിന്ന് അത്തരത്തിലൊരു ഉദാത്തമായ ബലത്തിന്റെ അനന്തസാധ്യതകളെ അതിൻ്റെ ആ എന്താ പറയുക ആലിംഗനത്തിൽ ഈ ലോകത്തെ പുഷ്പിക്കാൻ പോന്ന അങ്ങേയറ്റത്തെ സമൃദ്ധമായ വിഭവങ്ങളെ കൊണ്ടൊരുക്കുന്ന ഒരു ബലത്തെ നീ ഈ ലോകത്തിൽ സമ്മാനിക്കൂ ഇതൊക്കെയാണ് ഉപനിഷത്തിനും ഗീതയ്ക്കും പറയാനുള്ളത് അത് നശീകരണത്തെ ഇവിടെ ഋഷി പറഞ്ഞത് വ്യാസൻ അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു അശ്വത്ഥാമാവിന്റെ അടുത്ത് ഈ ആറ്റംബോംബ് കൊടുത്തത് തന്നെ അതിനാണ് കാമരാഗ വിവർജിതം ബലം അഹമസ്മി ഹിറ്റ്ലർ പോലും തന്റെ ആത്മകഥയിൽ എഴുതിവെച്ചത് എന്താണെന്നറിയോ ഒരു ശത്രുവിനെ സൃഷ്ടിച്ചാൽ മാത്രമേ സ്വരാജ്യത്തിന് പുരോഗതിയുള്ളൂ എന്ന നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നേപ്പാളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പുരോഗതി ഇല്ലാത്തത് അവർക്ക് ശത്രുത ഇല്ലാത്തതുണ്ട പാവം അവർക്ക് ആരും ശത്രുക്കളായിട്ടില്ല ഇന്ത്യയായിട്ട് അവർ നല്ല ബന്ധമാണ് അതുകൊണ്ട് അവരുടെ അതിർത്തി അവരത്ര ശക്തമല്ല നേരെ കുറച്ച് നിങ്ങൾക്ക് വേറെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിലോ അവരുടെ എയർപോർട്ടുകളൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പോലെയാണ് ആര് വരുന്നു പോകണു അവർ നൂറ്റമ്പത് ചെക്കിംഗ് ഒന്നുമില്ല ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബോംബെ പോകാൻ നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക ഒരു ഇങ്ങനത്തെ ഒരു ചെക്ക് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെയാവും ൂ അതുകൊണ്ട് അവർക്ക് ആരോടും മത്സരമില്ല പക്ഷെ അവര് സന്തോഷവാന്മാരാ അവര് പലരും ചൂഷണം ചെയ്യുന്നു അവർക്കൊരു ശത്രുതയില്ല അവര് അവരതിന് വളരെ സുഖമായിട്ട് അവരിരിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലും ഒരാള് അങ്ങനെ എന്താ പറയുക ഈ തോണിയില് മത്സ്യം പിടിക്കുന്ന ആളാ തോണിയിൽ അങ്ങനെ സിഗരറ്റും പീടിയും മരിച്ചതുകൊണ്ട് അങ്ങനെ സുഖമായിട്ട് മാനത്തേക്ക് നോക്കി ഇങ്ങനെ ഓരോ പുകയും വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ആള് വന്നിട്ട് അയാളോട് ചോദിച്ചത് നിങ്ങൾ എന്ത് ചെയ്യണം ഞാനിവിടെ സുഖമായിട്ടിങ്ങനെ ഇരിക്കുകയാണ് എന്ത് നിങ്ങളെന്ത് മടിയനാണ് എന്താ അപ്പൊ ചെല്ലു മീൻ പിടിക്കൂ എന്നിട്ടോ മീൻ പിടിച്ചിട്ട് മത്സ്യം കാശുണ്ടാക്കും എന്നിട്ട് എന്നിട്ട് എന്താണ് ഇനിയും മീൻ പിടിക്കാൻ വല മേടിക്കും എന്നിട്ട് എന്നിട്ട് തോണി മേടിക്കണം എന്നിട്ട് എന്നിട്ട് പിന്നെ ബോട്ട് മേടിക്കണം എന്നിട്ട് എന്നിട്ടെന്താ ഒരു ഫിഷിംഗ് എന്താ പറയുക ഒരു ഷിപ്പിംഗ് കമ്പനി തന്നെ തുടങ്ങണം എന്നിട്ട് എന്നിട്ടങ്ങനെ സുഖമായിട്ട് കിടക്കണം സുഖമായിട്ട് കഴിയണം ഇപ്പൊ ഞാൻ സുഖമായിട്ടാ കഴിയണം ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും ഈ ഇനിയും പോയി മലയെ പിടിച്ചു മീനെ പിടിച്ചു പിന്നെ ഇതുണ്ടാക്കി ഇപ്പൊ എനിക്ക് സുഖത്തിന് ഒരു കുഴപ്പമില്ലേ ഇപ്പൊ ഈ നേപ്പാളിനെ നോക്കിയിട്ട് ആളുകൾക്കൊക്കെ ഇങ്ങനെ പറയാനുണ്ടാവും നിങ്ങൾ ഇങ്ങനെ ഒന്നായാൽ പോരാ നിങ്ങൾ ഉണ്ടാക്കണം വാഹനങ്ങൾ നിർമ്മിക്കണം അവർ പറയുന്നു വേണ്ട നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ആവശ്യമുള്ള ഞങ്ങൾ മേടിച്ചോളാം കാമരാഗ വിവർജിതം ബലം എന്നത് നമ്മുടെ ലോകത്തിൽ ലോകത്തിൻ്റെ ചരിത്രം എവിടെയൊക്കെ നാം നമ്മെ വിഭജിച്ചിട്ടുണ്ടോ പകുത്തിട്ടുണ്ടോ ഹിറ്റ്ലറെ പോലെ മുസോളനിയെ പോലെ ചെങ്കിസ്കാനെ പോലെയുള്ള ആളുകളെയൊക്കെ ബലവാന്മാരായിട്ട് നാം കരുതുന്നുവെങ്കിൽ ആ ബലം വേറെ ഈ ബലം വേറെ ഭീരുക്കളുടെ ബലത്തെ അല്ല ഭഗവാൻ ബലം എന്ന് പറയുന്നത് അത് ഭയത്തിൽ നിന്ന് ജാതമായതാണ് ഇതോ ഇത് അങ്ങേയറ്റത്തെ സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ബലവും അത് അതിൻ്റെ സൗന്ദര്യം കാമരാഗ വിവർജിതം ബലം അഹമസ്മി ഹേ ഭരദർഷ അല്ലയോ അർജുന കാമരാഗ വിവർജിതമാർന്ന ബലം ഞാനാണ് അപ്പൊ മസിൽ പവർ അല്ല ഇവിടെ കാമര എന്താ പറയാ ബലം എന്ന് ഉദ്ദേശിക്കുന്നത് അതിനതീതമായ ആ ഈശ്വരനെ സാക്ഷാത്കരിക്കുമ്പം അല്ലെങ്കിൽ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഞാൻ എന്നറിയുമ്പം ഉണ്ടാകുന്ന ഒരു ആത്മബലമുണ്ട് അത് മസിലിന് എന്ന് പറയാം അത് ബാക്കിയുള്ള ബലമൊക്കെ നമ്മൾ ധനം കൊണ്ടും പിന്നെ അധികാരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും നമ്മൾ നേടിയെടുത്തിട്ടുള്ളതാണ് ഇതല്ല അതുകൊണ്ട് കാമരാഗ വിവർജിതം ബലം അഹമസ്മി ഭൂതേഷു ധർമാവിരുദ്ധ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഉടനെ പറഞ്ഞിരിക്കുക ഭൂതേഷു ഭൂതങ്ങളിലെ ജീവ എല്ലാറ്റിലെയും ധർമ്മവിരുദ്ധ കാമ വിരുദ്ധ വിരുദ്ധമല്ലാത്ത അതായത് കാമം എന്നത് പ്രഥമ പുരുഷാർത്ഥമായിട്ടുള്ള അർത്ഥത്തിൽ ഊന്നിയതായിരിക്കണം എന്ന് പറയാം അതിന് വിരുദ്ധമല്ലാത്ത കാമഹ കാമം അഹമസ്മി ഞാനാകുന്നു അല്ലാത്ത കാമനയോ അല്ലാത്ത കാമനയിൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് ഭഗവാൻ പറയുന്നു അല്ലാത്തത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് ധർമ്മവിരുദ്ധമായിട്ടുള്ള കാമം എന്ന് പറയുമ്പോഴോ അതെനിക്കും വേണം ഇപ്പം അതില്ലാതെ എനിക്കെന്തില്ല നിലനിൽപ്പില്ല എന്ന് പറയാം ഒരു നമുക്ക് ഈ ഈ ആളുകളെ കുറിച്ച് പറയാറുണ്ട് ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞ പരാതിയാണ് അവൾക്ക് എല്ലാം വലിയ എന്താ പറയുക അവളെല്ലാം ചെയ്യും പക്ഷെ അവള് എന്താ പറയാ ഈ ഹലുവ ഉണ്ടാക്കുന്നത് ആവണക്കെണ്ണയിലാ എന്ന് പറയുക അവളെല്ലാം ചെയ്യും പക്ഷെ ആവണക്കെണ്ണയിലാണ് ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് അതിൽ ഹലുവ എങ്ങനെ ഉണ്ടാവും നെയ് ചേർക്കും പഞ്ചസാര ചേർക്കും എല്ലാം ചെയ്യും പക്ഷേ ആവണക്കെണ്ണയിലാണ് അതിൻ്റെ പരിപാടി അവളെനിക്ക് മത്സ്യം പൊരിച്ചു തരും പക്ഷെ മണ്ണെണ്ണയിലാണ് എല്ലാം ചെയ്യും പക്ഷേ അവസാനം കൊണ്ടുപോയിട്ട് അതിന് വിരുദ്ധമായിട്ടുള്ളത് ആ നമ്മുടെ ആഗ്രഹത്തിലൊക്കെ എന്തൊക്കെയോ ചില താല്പര്യങ്ങളുണ്ട് എന്തോ ഒന്ന് കൂടുന്നുണ്ട് അല്ലെങ്കിൽ തീരെ അഭാവമുണ്ട് അല്ലെങ്കിൽ സംഗതി ആകെ മാറിപ്പോകുന്നുണ്ട് എന്ന് പറയാ വേണ്ടവല്ല കാമരാഗ എന്താ ധർമാവിരുദ്ധേഷോ ധർമ്മത്തിന് വിരുദ്ധ ധാർമ്മികമല്ലാത്തതായിട്ടുള്ളതൊന്നും ഞാനല്ല ഞാൻ എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് പറയാ തുടർന്നു ത്വികഭാവാജസ താമസ ചേ മത്തേതി താൻ വിദ്ധി നഹം തേശു തേമി ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ആ നിലനിൽപ്പ് പറഞ്ഞുകൊണ്ട് ഉടനെ എന്താ നമുക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവാത്ത വിധത്തില് കാര്യങ്ങളെ എന്താ അവതരിപ്പിക്കും എന്ന് പറയാം അപ്പൊ നമുക്കും ആ ഒരു സാവകാശമൊക്കെ വേണമെന്ന് പറയാം ഇപ്പൊ ഈശ്വരന്റെ ലക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ആ ഭഗവാനെ കുറിച്ച് ആ ഭഗവാനെ ആ സാക്ഷ ആ സ്വരൂപത്തിലേക്കുള്ള സാക്ഷാത്കാരത്തിനായിട്ട് നാം ഇവിടെ ഒരു മന്ത്രം ശീലിക്കുന്നുവെങ്കിൽ വൈകിട്ട് മെഡിറ്റേഷന് മുൻപായിട്ട് ധ്യാന പരിശീലനമാണ് പരിശീലനത്തിന് മുമ്പായിട്ട് നമശിവായ ചൊല്ലുന്നുവെങ്കിൽ അപ്പോ ചിലർക്ക് സംശയം ആ എന്തിനാ സ്വാമി നമശിവായ ചൊല്ലുന്നത് ഓം നമോ ഭഗവതെ വാസുദേവായ എന്ന് ചൊല്ലിയാ പോരേ അപ്പൊ നിങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുമ്പോ ആര്യ ഉദ്ദേശിക്കുന്നത് നമശിവായ എന്ന് പറഞ്ഞപ്പോ ആര്യ ഉദ്ദേശിച്ചത് മനസ്സിനെ ശാന്തമാക്കാൻ സാമ്യമാക്കാൻ വേണ്ടി സ്വാമി ഒരു നാമം എടുത്തു പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഉടനെ ഈ കഴുത്തിൽ പാമ്പും ഇതൊന്നും വരേണ്ട ആവശ്യമില്ല അതെ നമശിവായ പറഞ്ഞാ ശിവായ നമ മംഗളം മംഗളകരമായിട്ടുള്ളത് ഇത്രയും നമശിവായ എന്ന് പറയുമ്പം ശിവൻ ഒന്നിന് ഒന്നിനെയും കൂടാതെ നിലനിൽക്കുന്ന ഒരാളാണ് ശിവൻ ഒന്നുമില്ല ശിവന് പാർവതി പോലും വേണമെന്നൊന്നുമില്ല അല്ലാതെ അദ്ദേഹത്തിനൊരു നിൽപ്പുണ്ട് പക്ഷേ മറ്റുള്ള പുരാണങ്ങളും ഇതുമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംസനെ കൂടാതെ കൃഷ്ണന് നിലനിൽപ്പില്ല എന്നും രാവണനെ കൂടാതെ രാമന് നിലനിൽപ്പില്ല എന്നും ഈ പറഞ്ഞ പലതിനെയും കൂടാതെ ഇവർക്കൊക്കെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയുണ്ട് ശിവനെ സംബന്ധിച്ച് ഒന്നുമില്ല എന്ന് പറയാം അദ്ദേഹത്തിന് ചുടലക്കാട്ടിൽ പോലും അദ്ദേഹം രാജാവാണ് അങ്ങ് പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നു കഴിഞ്ഞാൽ അതായത് ശിവഭാവം ഒന്നിനെ കൂടാതെ അത് നിലനിൽക്കുന്നു അപ്പോൾ ശിവം സന്യാസത്തിൻ്റെ ലക്ഷണം നമ്മുടെയൊക്കെ പൂർവികര അതായത് നമ്മൾ അവിടുന്ന് ആരംഭം സദാശിവ സമാരംഭ അതുകൊണ്ട് ഭഗവാൻ വസു സ്വാമിക്ക് ഒരു സംശയമാണ് എന്തിനാണ് അപ്പൊ ദയവീത് നിങ്ങളെ ഈ മനസ്സിൽ ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ വിഭജനങ്ങൾ സൃഷ്ടിക്കുക ഇനി സ്വാമി ഒന്നുമുണ്ട പോര ഒന്നുമുണ്ടില്ല അത് ചെറിയ ക്ലാസ്സില് ടീച്ചർ വന്നിട്ട് കുട്ടിയോട് പറഞ്ഞു കുട്ടികളെ കണക്ക് ക്ലാസ്സിലെ കുട്ടികളെ ടീച്ചർ ആദ്യം വന്നു തന്നെ ഈ ഗുണനെ പട്ടിക ചൊല്ലിക്കും അത് ടീച്ചർ വളരെ എന്താ സംഗീതാത്മകമായിട്ടാണ് ചൊല്ലിക്കുക രണ്ട് രണ്ട് ഈ രണ്ട് നാല് മുന്നൂറ് ആറ് നാല് രണ്ട് അല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോരുത്തരെ മാറി മാറി മാറി മാറി ചൊല്ലിച്ച് അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു വിദ്വാനുണ്ട് അപ്പൊ ടീച്ചർക്ക് തോന്നി ഇവൻ ചൊല്ലാറില്ലല്ലോ രാജു ചൊല്ലു കേൾക്കട്ടെ അപ്പൊ അവൻ ചൊല്ലാൻ തോന്നി എന്തായത് അല്ല എനിക്കിതിൻ്റെ രീതി അറിയാമെന്ന് പറയും നമ്പർ ടീച്ചറേ ഇല്ല മതി അവസാനം അതേ ഉണ്ടാവുള്ളൂ നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇവിടെ കടൽ വരുന്നില്ലല്ലോ കടൽ കടൽ എവിടെ കിളി കിളി മനസ്സിനെ പഠിക്കാൻ ഇന്നലെ തന്നെ ഒന്നുമില്ലാതെ കുറച്ചു നേരം ഇരുന്നപ്പോ എന്താ ഒന്നും പറയാത്തത് ഞാദേവി സർവഭൂതേഷു എന്താ വരുന്നില്ലല്ലോ ഒരു എന്തോ എന്ന് പ്രതീക്ഷിച്ച ഒരു മനസ്സ് ഉണ്ടായോ അതിനെ അറിയാൻ വേണ്ടി അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് പൂന്തോട്ടത്തിലിരുന്ന് ജനകൻ പറഞ്ഞ ഹനുഷ്യേഹം ഞാൻ ഇന്നവനെ കൊല്ലും എനിക്കിന്ന് പിടികിട്ട് ആരാണ് ആ ചോരൻ മനസ്സിനെ എന്താ പറയുക ആത്മാവിനെ ഹനിച്ച ആത്മാവിനെ ഹരിച്ച ആ ചോരൻ കള്ളൻ അങ്ങനാണ് അപ്പൊ അതിനുവേണ്ടിയുള്ള ചെറിയ ചെറിയ ഉപായങ്ങൾ മാത്രമാണ് അതിലങ്ങനെ അധികം പിടിമുറുക്കണ്ടെന്ന് പറയുക അപ്പം ഈ ച ഏതൊക്കെയാണോ ഏതെല്ലാം സാത്വികാഹ സാത്വികങ്ങളും രാജസാഹ രാജസങ്ങളും താമസാഹ താമസങ്ങളുമായ ഇത് മറന്നു പോകുന്നുണ്ട് നമ്മൾ ഈ ശ്ലോകം ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ എപ്പോഴും ഇങ്ങനെയുള്ള ഓരോ ശ്ലോകങ്ങൾ തരും ഈ നിങ്ങൾ നമ്മിൽ കൂടുതൽ പേരും അതായത് പലതിനും വേണ്ടി നാം മെഡിസിൻ എടുക്കാറുള്ളവരാണ് പല ആവശ്യങ്ങൾക്കും അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് ഡോക്ടർമാര് അതിന്റെ ആ അതിലൂടെ ഒരു സൈഡ് എഫക്ട് അതൊരു എന്താ പറയുക മറ്റൊരു ദൂഷ്യവശം ഇല്ലാതിരിക്കാൻ വേണ്ടി അവരതിന് ഒരു പാരലായിട്ട് വേറൊന്നും കൂടെ എഴുതി തരും ഇല്ലേ അങ്ങനെ എഴുതാറുള്ളേ മരുന്ന് ഇതുപോലെ ഭഗവാൻ ഒരു മരുന്നും കൂടെ എഴുതി തന്നിരിക്കുക ദോഷമില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ആദ്യം നമ്മളതിനൊക്കെ ദോഷമായിപ്പോ ദോഷമില്ലാതിരിക്കാൻ വേണ്ടി ഒരു മരുന്ന് എഴുതിയിട്ടുണ്ട് എന്താ മരുന്ന് ഈ ഏതെല്ലാം സാത്വികാഹ സാത്വികങ്ങളായിട്ടുള്ള രാജസാഹ രാജസങ്ങളായിട്ടുള്ള താമസാഹ താമസങ്ങളായിട്ടുള്ള ഭാവാഹ ച ഭാവങ്ങളുണ്ടോ അപ്പൊ സാത്വികങ്ങളായ രാജസിംഗ രാജസികങ്ങളായ താമസികങ്ങളായിട്ടുള്ള ഏതേത് ഭാവങ്ങളുണ്ടോ അതെല്ലാം തന്നെ താൻ ഏവ അതെല്ലാം മത്തഹ ഞാൻ തന്നെയാണ് പോരെ അപ്പൊ എന്താണെന്നറിയോ ഇപ്പം തന്നെ സംശയം എഴുതും സ്വാമിജി എല്ലാം ഭഗവാനാണെങ്കിൽ ഈ ആലസ്യം ഭഗവാനല്ലേ അതെ ആലസ്യം ഭഗവാൻ തന്നെയാണ് ഗുരുവിനോട് ചോദിച്ച് ഗുരു അങ്ങ് വളരെ സാവകാശം പ്രവർത്തിക്കുന്നവനാണല്ലോ അങ്ങയുടെ പ്രവൃത്തികൾ വളരെ സാവകാശമാണ് എന്താ ഒരു ഒരു തിരക്ക് അങ്ങനെ ഒന്ന് ഒന്നുകൂടെ തിരക്ക് വേണമെന്ന് പറയാം ഗുരു പറയാ എനിക്ക് എനിക്ക് തിരക്കാൻ എന്തെങ്കിലും സമയമില്ല എന്ന് പറയും നമുക്കത് മനസ്സിലാവും അതിന്റെ ഒരു സൗന്ദര്യം തിരക്ക് കൂട്ടാൻ എനിക്ക് സമയമില്ല എന്ന് പറയും അതാണ് എന്റെ സാവകാശം അതുകൊണ്ട് ഞാൻ അങ്ങേയറ്റം എന്താ ശ്രദ്ധാലുവാണ് തിരക്ക് ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ല അപ്പൊ ഏതേത് ഭാവങ്ങളുണ്ടോ അത് രാജസമാവട്ടെ താമസമാവട്ടെ സാത്വികമാവട്ടെ അതെല്ലാം തന്നെ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഉണ്ടായതാണ് അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ വലിയൊരു സമാധാനമാണ് ആരെങ്കിലും കുറുമ്പോ കുസൃതിയോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടുന്ന് ആവിർഭവിച്ചതാണ് അതുകൊണ്ട് ആ കുട്ടികൾ എന്തൊക്കെ കുസൃതി കാണിച്ചു കഴിഞ്ഞാലും കൃഷ്ണനുമായി താതാത്മ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതൊന്നും കുസൃതിയല്ലാതെയാവും വികൃതികളല്ലാതെയാവും പറയാം അഹം തു ഭഗവാൻ വളരെ എളുപ്പത്തിൽ എന്താ ജാമ്യമെടുത്തിട്ടുണ്ട് ജാമ്യമെടുത്തതെന്ന് പറയാ അഹം തു ഞാനാകട്ടെ തേശൂന്ന അതിലൊന്നും ഇല്ല എനിക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്വം തേ എന്നാൽ അതൊക്കെയോ മൈ ന എന്നിൽ എന്നിൽ ഇല്ല എന്നും എന്നിൽ ഉണ്ട് എന്നും ആണ് ഞാൻ അവയിലില്ല അഹം തു തേഷു ന പിന്നെയോ തേ മൈ ഭവന്തി അതെന്നിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ അതെന്നിലാണ് നിലകൊള്ളുന്നത് ഞാൻ അതിലില്ല പക്ഷെ അതെല്ലാം എന്നിലാണ് എന്ന് പറയുമ്പം എന്നെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് ഇപ്പൊ സമുദ്രത്തിന് പറയാം എന്ത് പറയാം തിരമാലയിൽ ഞാനില്ല എന്നാൽ എന്നിൽ എന്തുണ്ട് തിരമാലയുണ്ട് ഇപ്പൊ ഞാനാണ് തിരമാലയ്ക്കും അധിഷ്ഠാനം ആശ്രയം എന്നെ ആശ്രയിച്ചിട്ടാണ് തിരമാല നിലനിൽക്കുന്നത് എന്ന് പറയാം അപ്പൊ ഇവിടെ ഭഗവാൻ ഇതുവരെയുള്ള ശ്ലോകങ്ങളില് ഏതുവരെ ഭൂമിരാപോ നലോവായു ഖം മനോബുദ്ധി മുതൽ നാലാമത്തെ ശ്ലോകം മുതല് ഇതാ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാൻ ഭഗവാന്റെ രണ്ട് പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു ഒന്ന് സ്ഥൂല പ്രകൃതി എന്നും ഒന്ന് സൂക്ഷ്മ പ്രകൃതി എന്നും അല്ലെങ്കിൽ ഒന്ന് ജഡപ്രകൃതി എന്നും ഒന്ന് ചൈതന്യ പ്രകൃതി എന്നും ഇങ്ങനെ പല പ്രകാരത്തിൽ വേദാന്തത്തിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശം കാണാം അതിൽ പല തത്വങ്ങൾ ഇപ്പം ആകാശതത്വം വായുതത്വം ഭൂമിതത്വം ജലതത്വം ഇങ്ങനെ തേജസ് തത്വം ഇങ്ങനെ അഞ്ച് തത്വങ്ങളും അതുപോലെ മനസ്തത്വം ബുദ്ധിതത്വം അഹങ്കാരതത്വം ഇങ്ങനെ എട്ട് തത്വങ്ങളും ആ തത്വങ്ങളിൽ ആ തത്വം എൻ്റെ പ്രകൃതിയാണെന്നും അതായത് സ്വരൂപവും സ്വഭാവവും എൻ്റെ സ്വരൂപത്തിൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ് എൻ്റെ ഈ ജഡ പ്രകൃതി എന്നാൽ ഞാനോ ഞാൻ ഈ പ്രകൃതിക്ക് അപ്പുറത്താണ് എന്നിൽ ഞാൻ ഈ പ്രകൃതിക്ക് അപ്പുറത്ത് ഒരു ൂലുപോലെ നിലകൊള്ളുന്നുവെന്നും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ തേജസ് ആയിട്ടുള്ളതും അതിൻ്റെ കാതലായി നിലകൊള്ളുന്നതെല്ലാം ഞാനാണെന്നും വേദങ്ങളിലെ ഓംകാരം ഞാനാണെന്നും ഒക്കെ ഭഗവാൻ പറഞ്ഞു എന്നിട്ടോ അവസാനം കഴിഞ്ഞാ ഈ എന്നിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നുമില്ല എന്നും മാത്രമല്ല ഇതെല്ലാം ഇതിലൊന്നും ഞാനില്ല അതെല്ലാം എന്നിലാണ് വളരെ ക്ലിയറാക്കി എന്ന് പറയാം തുടർന്ന് ഭഗവാൻ പറയുന്നു ത്രിഭിർഗുണമയർ ഭാവൈവിധം ജഗത് മോഹിതം മാമേഭ്യ പരമവ്യയം ഇത് മുതലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ശ്ലോകങ്ങളാണ് ഏതി ത്രിവിഗുണമയേഹി ഈ ഗുണരൂപങ്ങളായിട്ടുള്ള ഭാവേഹി ഭാവങ്ങളാൽ ഇദം സർവം ജഗത് മോഹിതം ഇദം സർവം ജഗത് ഈ പ്രപഞ്ചം മുഴുവൻ മോഹിതം മോഹിതമായിരിക്കുന്നു മോഹിതം എന്ന് പറഞ്ഞാൽ മറയപ്പെട്ടിരിക്കുന്നു എന്ത് എന്തിനെ എന്തിനെ മറച്ചിരിക്കുന്നു ഈ ഗുണഭാവങ്ങൾ സത്യത്തെ മറച്ചിരിക്കുന്നു ഏവി ത്രിവി ഗുണമയേഹി ഈ ഗുണരൂപങ്ങളായിട്ടുള്ള ഭാവേഹി ഭാവങ്ങളാൽ ഇതം സർവം ജഗത് മോഹിതം ഇതം സർവം ജഗത് ഈ പ്രപഞ്ചം മുഴുവൻ മോഹിതം മോഹിതമായിരിക്കുന്നു മോഹിതം എന്ന് പറഞ്ഞാൽ മറയപ്പെട്ടിരിക്കുന്നു എന്ത് എന്തിനെ എന്തിനെ മറിച്ചിരിക്കുന്നു ഈ ഗുണഭാവങ്ങൾ സത്യത്തെ മറിച്ചിരിക്കുന്നു സത്യം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട് ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയെ ഈ മൂന്ന് ഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഏഭ്യ ഏഭ്യ ഈ ഗുണങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് പരം മാം അഭിജാനാദി പരം എന്ന് പറഞ്ഞാൽ ദേശ കാല വസ്തു പരിമിതികളെ ഉല്ലംഘിച്ച അതീതമായ അതിവർത്തിച്ച ആ അവ്യയം വ്യയമില്ലാത്ത ചുതിയില്ലാത്ത മാം എന്നെ ന അഭിജാനാതി അറിയുന്നില്ല അപ്പൊ നമ്മൾ ഈശ്വരനെ അറിയുന്നില്ല എന്ന് പറയാം എന്തുകൊണ്ട് ഈ ഗുണങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു ഈശ്വരൻ എന്നതിനാൽ നമ്മൾ ഈ വിഷയത്തിൽ കാണുന്നതെല്ലാം എന്താണ് ഗുണങ്ങളെയാണ് ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയല്ലേ കാണുക നമ്മൾ ഒരാളോട് എന്തെങ്കിലൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയുന്നതൊക്കെ ആൾക്കനുസരിച്ചിട്ടാണ് അതുകൊണ്ടൊരു പ്രയോഗം ഉണ്ടല്ലോ ആള് വില കല്ല് വില ആൾക്കനുസരിച്ചിട്ടാണ് കല്ലിന് ജ്വല്ലറിയിൽ കല്ലിന് പോയി പോയിരിക്കുന്ന ആൾക്കനുസരിച്ചിരിക്കും നമ്മൾ എന്തും ഏതിനോടും പ്രതികരിക്കുന്നത് അങ്ങനെയാണ് അതിന്റെ ഗുണങ്ങളെ നോക്കിയിട്ടാണ് അല്ലാതെ ഉള്ളിലേക്ക് നോക്കിയിട്ടല്ല പക്ഷെ ഞാൻ അറിയപ്പെട്ടിരിക്കുന്നു എങ്ങനെ ഞാൻ അറിയപ്പെട്ടിരിക്കുന്നു അവ്യയമായ നാശരഹിതമായിട്ടുള്ള ഞാൻ എന്നെ ആരും അറിയുന്നില്ല എല്ലാവരും നോക്കുന്നത് എന്താണ് പുറത്തേക്കാണ് എന്ന് പറയാം പുറമേ ഉള്ളതാണ് അവരെ സംബന്ധിച്ച് സത്യമായിട്ട് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അവര് എന്നെ അറിയുന്നില്ല അകത്തേക്ക് ആരും നോക്കുന്നില്ല അഷ്ടാവക്രൻ പറഞ്ഞത് ഓർമ്മയില്ലേ എന്റെ അകത്തേക്ക് കണ്ടില്ലല്ലോ അങ്ങ് കത്തേക്ക് നോക്കുന്നില്ല തുടർന്ന് എൻ്റെ മായ ഭഗവാൻ അടുത്തത് മായയെ കുറിച്ചുള്ള വിവരണമാണ് എന്താണ് മായ എൻറെ തന്നെയാണ് മായ എന്നും മായയെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് ഇത്യാദി കാര്യങ്ങളൊക്കെ അടുത്ത ശ്ലോകത്തിൽ നോക്കാം ദൈവീ ശേഷ മാമേ വയ പ്രപദ്യ ദൈവ ഹി ഏഷാ ഗുണമയ മാം പ്രപത്യന്തി ഗുണരൂപത്തോടുകൂടിയിട്ടുള്ള ൈവി ദൈവസംബന്ധന്ധിയായ ഈശ്വര സംബന്ധിയായ മമ എന്റെ മായ ഏഷ മായ ഈ മായ മായ എന്ന് പറഞ്ഞാൽ യാ മാ സായ എന്ന യാതൊരുവളാണോ ഇല്ലാത്തത് അവളെയാണ് മായ എന്ന് പറയുക ഇല്ലാത്തവളാണോ അത്ര കുട്ടികൾക്ക് പേരിടുമല്ലോ മായ ഇല്ലാത്തവൾ ഭഗവാന്റെ ഭഗവാനിൽ നിന്നും ആവിർഭവിച്ചതാണ് എന്നാ ഉണ്ടോ ഇല്ല യാ മാ സായ എന്റെ ഈ മായ ദുരത്യ ഹി ദുരത്യ എന്ന് പറഞ്ഞാൽ അതിനെ അതിക്രമിക്കാൻ അതിനപ്പുറത്തേക്ക് നടന്ന് നീങ്ങുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം എന്ന് ഭഗവാൻ പറയുന്നു കിന്ദു എന്തെന്നാല് ഏ മാം പ്രപദ്യന്തേ ആരാണോ എന്നെ അറിയുന്നത് പ്രപദ്യന്തെ പ്രാപിക്കുന്നത് തേ അവർ ഏതാം മായാം തരന്തി ഈ മായയെ കടക്കുന്നു അപ്പൊ മായയെ ആരാണ് അതിവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരാണ് എന്നെ ആശ്രയിക്കുന്നത് അവരെ മായയിൽ നിന്ന് മോചിതരാകുന്നു രാമകൃഷ്ണദേവൻ ഇവിടെയാണ് മായയെ ജയിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പം രാമകൃഷ്ണദേവൻ മത്സ്യം പിടിക്കുന്ന മുക്കുവനെ ആശ്രയിക്കുന്ന മത്സ്യങ്ങളെക്കുറിച്ച് പറയാറ് രാവിലെ കരയിൽ ആ വെള്ളത്തിൽ പകുതി വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് വല വീശുന്ന മുക്കുവൻ ആ വലയിൽ നിന്ന് രക്ഷപ്പെടുന്ന മത്സ്യങ്ങൾ ആരാണത്രേ മുക്കുവന്റെ കാൽച്ചുവട്ടിൽ അഭയം പ്രാപിച്ചിട്ടുള്ള മത്സ്യങ്ങളൊക്കെ മായയാകുന്ന വലയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഓടാൻ ശ്രമിക്കുന്നവരൊക്കെ ആ മായയാകുന്ന വലയിൽ പെട്ട് ദാരുണമായിട്ട് മുക്കുവന്റെ ചട്ടിക്കകത്ത് പോകുന്ന രാമക്ഷദേവൻ പറയും ഇവിടെ ഭഗവാൻ പറയുന്നു ഇതാണ് എന്റെ മായയെ കടക്കാൻ പ്രയാസമാണ് നാരദഭക്തിസൂത്രത്തിൽ നാരദര് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കസ്തരതി കസ്തരതി മായ കഹ തരതി കഹ തരതി മായ കഹ ആരാണ് തരതി തരണം ചെയ്യുന്നത് മായയെ ആരാണ് തരണം ചെയ്യുന്നത് മായയെ ആരാണ് തരണം ചെയ്യുന്നത് മായയെ നാരദര് ചോദ്യം ആവർത്തിച്ച് നാരദര് തന്നെ ഉത്തരം പറയുന്നു ആദ്യം പറയുന്നു യഹ മഹാനുഭാവം സേവതേ ഒന്നാമത്തെ ലക്ഷണം മായയെ ഒന്നാമത്തെ നിർദ്ദേശം മായയെ ജയിക്കാൻ യഹ യാതൊരുവനാണ് മഹാനുഭാവം സേവതേ മഹാനുഭാവനെ സേവിക്കുന്നത് ആരാണ് മഹാനുഭാവൻ എന്ന് ചോദിച്ചാൽ ഭഗവാൻ അപ്പൊ ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വിചാരിക്കും ഈ സ്വാമി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം നിങ്ങളെ നമുക്ക് ശരിയായിട്ടുള്ള ഈശ്വരൻ എന്ന് പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാ ഈശ്വര ഭാവം പ്രകടമാകുന്ന സമയത്ത് നിങ്ങളിൽ എൽ എല്ലാ വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും നീങ്ങിക്കഴിയണം അതിനുവേണ്ടി മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും അതുകൊണ്ട് സ്വാമിയെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇയാൾ എന്ന ആളാണെന്നൊന്നും പറഞ്ഞേക്കുന്നത് അപ്പൊ യഹ മഹാനുഭാവം സേവത ആരാണോ ഭഗവാനെ സേവിക്കുന്നത് എന്ന് പറയുമ്പം നിങ്ങൾ ഉടനെ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് ആ പാത്രമൊക്കെ കഴുകി അതിൽ പുണ്യാഹം മേടിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് അതിൽ പ്രദക്ഷിണമൊക്കെ വെച്ച് തിരിച്ചിങ്ങിട്ട് വരില്ലാണെന്ന് നോക്കൂ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചല്ല സ്വാമി പറയണത് ആചാര അനുഷ്ഠാനങ്ങൾ ഈശ്വരനല്ല ആചാരാനുഷ്ഠാനങ്ങൾ ഒരിക്കലും ഈശ്വരനല്ല അതുകൊണ്ടാണ് ആചാര്യസ്വാമികള് ഈ എന്താ പറയുക ആചാര്യസ്വാമികൾക്ക് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട് ഭഗവാനെ എനിക്ക് വലിയൊരബദ്ധം പറ്റിയിട്ടുണ്ട് എന്താ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം എന്നാണെങ്കിൽ അങ്ങ് എന്താ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്താ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം നമുക്കൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധം തന്നെയാണ് അദ്ദേഹത്തിനും പറ്റിയിട്ടുള്ളത് ഞാൻ വലിയൊരപരാധം ചെയ്തിട്ടുണ്ട് അങ്ങയോട് ഒരപരാധമല്ല മൂന്ന് അപരാധം നിങ്ങൾ എന്തെങ്കിലും നമ്മളൊക്കെ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് അപരാധം ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് അപരാധത്തെ എന്നോട് പൊറുക്കണം എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് എന്താണ് അപരാധം അപരാധം നമ്പർ വൺ രൂപം രൂപവിവർജിത ഭവതോ ധ്യാനേന യൽപ്പിതം അപരാധം നമ്പർ വൺ എന്താണ് രൂപം രൂപവിവർജിത ഭവതോ ധ്യാനേന യത് കൽപ്പിതം ഭഗവാനെ രൂപമില്ലാത്ത അങ്ങയെ രൂപം വെച്ച് ഞാൻ ധ്യാനിച്ചു എന്നത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ് തെറ്റ് മനസ്സിലായോ ഒന്ന് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യണം എന്നാ അയ്യോ അറിയാതെ തെറ്റ് പറ്റിപ്പോയാ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതും അറിയാതെ തെറ്റ് ചെയ്യുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഞാനിതാ തെറ്റ് ചെയ്യണം എന്താ എൻ്റെ തെറ്റ് അങ്ങ് അരൂപനാണ് പക്ഷേ എനിക്കറിയില്ല ഈ അരൂപമായിട്ടുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പാകത്തിനൊരു രൂപം ഉണ്ടാക്കി ഇതാ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു എനിക്ക് തോന്നി അങ്ങയ്ക്ക് രണ്ട് കൈയൊന്നും പോരാ അതുകൊണ്ട് ഞാൻ കൈ രണ്ടെണ്ണം കൂടെ അധികം തന്നു എന്നാണ് അങ്ങയുടെ പ്രവൃത്തികളൊക്കെ അനന്തമാണ് അതുകൊണ്ടല്ലേ ഭഗവാനെ ഭഗവാനെ ഭഗവാനെ ആരാണോ ഭഗവാന് ജന്മം കൊടുത്തത് ആ ജന്മം കൊടുത്ത ആള് ഭഗവാനെ കാണുന്ന സമയത്ത് എന്താ പറയുക ഭഗവാനിൽ ചതുർബാഹുവായിട്ട് കാണുന്നു ചതുർബാഹുവായിട്ട് ഒരമ്മ ഒരു കുട്ടിയെ കാണുന്നു എങ്കിൽ അത് നല്ലൊരു കാഴ്ചയാണ് ചതുർബാഹുവാക്കി അവനെ ചതുർബാഹുവാക്കി തീർക്കാനുള്ള ഒരു ലക്ഷ്യം കൂടെ അതിൻ്റെ പിറകിലുണ്ട് നിന്നെ ഞാൻ മഹാബാഹു മഹാബാഹുവാക്കുന്നു പറയാ അല്ലാതെ ചെറുപ്പത്തിൽ തന്നെ ആ കൈ ഇങ്ങോട്ട് നീട്ട് എന്ന് പറഞ്ഞിട്ട് കൈക്ക് ചൂരിൽ കൊണ്ട് കൊടുക്കല്ല അടിക്കലല്ല ഈ ക്ലാസ് റൂമിലൊക്കെ കാണും കുട്ടികളെയൊക്കെ പണ്ട് സർക്കാർ സ്കൂളിലൊക്കെ ടീച്ചർ സ്കെയിലെടുത്ത് അടിക്കുകയായിരുന്നു ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയ ദ്രോഹം ഉണ്ടല്ലോ ആ സമയത്തൊക്കെ കിട്ടുന്ന ശാപം ടീച്ചേഴ്സിന് എത്രയാണെന്ന് പറയുന്നത് അതുകൊണ്ടാ പലർക്കും ഗുണം പിടിക്കാത്തതും പറയാ ഈ ബാലശാപം ഏറ്റുവാങ്ങിയിട്ടുള്ള കുറെ പേരുണ്ട് അവരുടെ വിചാരം ഇതിങ്ങനെ കിട്ടുമ്പോ നമുക്കൊക്കെ ഇപ്പോഴും ആ ശബ്ദം തന്നെ കാതിൽ കേൾക്കാം ട ഠ എന്ന് പറയുന്ന ഇവിടെ ഇങ്ങനെ കിട്ടുന്നത് എന്തൊരു ദ്രോമാണ് അപ്പൊ രൂപം രൂപവിവർജിത ഭവതോ ധ്യാനേന യൽപ്പിതം അപ്പൊ ഭഗവാനെ അങ്ങനെ കാണുന്നുവെങ്കില് അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട അവനങ്ങനെ നേരുന്ന രണ്ട് കാര്യം കൂടെ വേറെ ഉണ്ടായിരുന്നുവെന്ന് ഒരു കാണലാണത് അത് അനുഗ്രഹീതമായിട്ടുള്ളൊരു കാഴ്ചയാണത് അവരമ്മ തന്നെയാണത് കാണേണ്ടതും അതുപോലെ അമ്മ തന്നെ കാണണം വായയിൽ എന്ത് കാണണം വിശ്വത്തെ മുഴുവൻ കാണണം ഈ വിശ്വം മുഴുവനെടുത്താണ് എൻ്റെ പുത്രനെ ഉണ്ടാക്കിയതെന്ന് കാണണം അവൻ്റെ വായിലെല്ലാം കാണണം അതൊരു വലിയ കാഴ്ചയാണ് ആ കാഴ്ചയ്ക്ക് നമ്മള് തയ്യാറാകണം നമ്മുടെ മനോബുദ്ധികൾ വികസിക്കണം അതിന് മാത്രം പാകതയാർന്നതായി കഴിഞ്ഞാൽ കാണാം സ്വാമി ഈ ആശയത്തെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ ഒരു തെറ്റ് ചെയ്തു രൂപം രൂപ വിവർജിത ഭവതോ ധ്യാനേന യൽപ്പിതം രണ്ടാമത്തെ തെറ്റ് സ്തുത്യാനിർവചനീയതാകില ഗുരു സ്തുത്യ സ്തുതിച്ചു ഞാൻ എങ്ങനെയുള്ള അനിർവചനീയതാകില ഗുരു ദൂരീകൃത യന്മയാ അനിർവചനീയനായ വാക്കുകൾക്ക് വിഷയമല്ലാത്ത അങ്ങയെ വാക്കുകളെ കൊണ്ട് ഞാൻ സ്തുതിച്ചു എന്നുള്ളത് ഞാൻ ചെയ്ത രണ്ടാമത്തെ അവധ അപരാധമാണ് അനിർവചനീയനാണ് അങ്ങ് അങ്ങനെയുള്ള അങ്ങയ്ക്കായിട്ട് അങ്ങയെ സ്തുതിക്കുന്നതിനായിട്ട് ഞാൻ ഏകശ്ലോകി മുതൽ സഹസ്രശ്ലോകി വരെ രചിച്ചു പിന്നെയും ഞാൻ അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് അനേക കിതാബുകളിൽ വർണ്ണിച്ചു ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു അബദ്ധമാണ് സ്തുത്യ അനിർവചനീയതാകില ഗുരു ദൂരീകൃത എൻ മയ യത് യാതൊന്നാണോ മയ എന്നാൽ ചെയ്തിട്ടുള്ളത് അതിനെ ദൂരീകൃത ദൂരയാക്കിയാൽ പിന്നെ ഞാൻ ചെയ്ത അപരാധം എന്താണ് വ്യാപ്തിത്വം ചരാകൃതം ഭഗവതോ യീർത്ഥയാത്രാ ദിന വ്യാപ്തിത്വം ചരാകൃതം അങ്ങയുടെ വ്യാപ്തി അനന്തമാണ് അങ്ങയുടെ വ്യാപ്തി അളന്ന് കോടതിയിൽ നിന്ന് ഈ അളക്കാൻ ആൾ വരുമല്ലോ സർവേയർ എന്തായാലും പറയുക പക്ഷെ പിടിച്ചിട്ട് കൃത്യമായിട്ട് അളന്ന് മുറിച്ച് ഏർപ്പാടാക്കി തരില്ലേ ഇത് എന്ന് പറയുന്നു അങ്ങനെ അങ്ങയുടെ അനന്തമാർന്ന വ്യാപ്തിയെ ഞാൻ പരിമിതപ്പെടുത്തി എങ്ങനെ തീർത്ഥാടനം നടത്തിയിട്ട് അങ്ങയുടെ കേന്ദ്രങ്ങളാണ് ഇത് എന്ന് കരുതിക്കൊണ്ട് അങ്ങയെ പ്രദക്ഷിണാദികളൊക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു പരിമിതപ്പെടുത്തി എന്ന് പറയുന്നത് ഞാൻ ചാർധാമ യാത്ര നടത്തി എന്നിട്ടോ അങ്ങ് നാല് ധാമങ്ങളിൽ കുടികൊള്ളുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി എവിടെയും പോവാനില്ല എന്നൊക്കെ ഞാൻ അങ്ങോട്ട് വിചാരിച്ചു അങ്ങനെ തീർത്ഥയാത്രാദിനാ ക്ഷന്തവ്യം ജഗദീശ തത് വികലതാം അല്ലയോ ജഗദീശ ക്ഷന്തവ്യം ക്ഷമിച്ചാലും തത് വികലതാം ദോഷത്രയം യത്കൃതം ഈ മൂന്ന് ദോഷത്രയങ്ങളെ യത്കൃതം യാതൊന്നാണോ എന്നാൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ മൂന്ന് ദോഷങ്ങൾ അങ്ങ് എന്നോട് ക്ഷമിച്ചാൽ അദ്വൈത ആചാര്യൻ എന്നറിയപ്പെടുന്ന ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമാണ് ഈ ശ്ലോകം അപ്പൊ ആചാര്യസ്വാമികൾ തന്നെ ഭഗവാനോട് ഒരു ക്ഷമാപണം നടത്തണം ഇത് നമ്മുടെയും കൂടെ ഒരു ക്ഷമാപണം ആയിരിക്കണം ഈ അറിവിലാണ് ശങ്കരാചാര്യസ്വാമികൾ ക്ഷേത്ര സമുച്ചയ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ ഏത് പ്രകാരത്തിലായിരിക്കണം എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് നമുക്ക് നൽകിയത് ഈ ശ്ലോകത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് നിങ്ങൾ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിന്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു ഭാവത്തോട് കൂടിയിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ മാറി മറിയും അല്ലെങ്കിൽ കുഴപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ വെറും കേവലം ഏതോ ഒരു ശിലയിൽ എന്തോ മാത്രം കാണുന്നതായി എന്താ പറയുക അങ്ങനെ ഒരു ഭാവം മാത്രമാവും നമുക്ക് നമ്മുടെ പഴയ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഇത്തരം എന്താ നമ്മുടെ ആ ഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിനാണ് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പഴയ ക്ഷേത്രങ്ങൾ പക്ഷെ പാശ്ചാത്യ പാശ്ചാത്യര് ഭാരതത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച സമയത്ത് അവർക്ക് നമ്മുടെ ക്ഷേത്രങ്ങളുടെ രീതിയും ക്ഷേത്രങ്ങളുടെ കിടപ്പും ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാം അതുകൊണ്ട് അവര് അവര് പഴയ നിങ്ങൾക്ക് പഴയ പാശ്ചാത്യ പണ്ഡിതന്മാരോ ഭാരതത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും അതുതന്നെയാ നമ്മള് പിൽക്കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് അവര് പറയുന്നു നമ്മുടെ ക്ഷേത്രങ്ങള് ഈ എലികളെ കൊണ്ടും പാമ്പിനെ കൊണ്ടും മറ്റുള്ളതിനെ കൊണ്ടും വൃത്തിയില്ലാതെ നട വൃത്തിയില്ലാതെ ഇരുന്ന സ്ഥലങ്ങളാ പലതും ഇടുങ്ങിയതാണ് അത് തുറസ്സായ വായു പോലും അതിലേക്ക് മര്യാദയ്ക്ക് കയറാൻ പാകത്തിനുള്ളതായിരുന്നില്ല ക്ഷേത്രങ്ങളുടെ നിർമ്മാണം അവർക്ക് എങ്ങനെ നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല ക്ഷേത്രങ്ങളുടെ കിടപ്പ് അതിന്റെ അതിന്റെ എന്താ പറയുക ഗോളകാകൃതി അതിന്റെ മതിൽക്കെട്ട് മറ്റും അതിന് ശബ്ദങ്ങളെ അവിടെ നിലനിർത്താനും ഓരോ ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന സമയത്ത് ആ ശബ്ദത്തിന്റെ പ്രതിധ്വനി ഒരു ക്ഷേത്രത്തിൽ ഒരു മണി മുട്ടിക്കഴിഞ്ഞാൽ ആ മണിയുടെ നാദം അതിൻ്റെ ഉള്ളിൽ നിൽക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഴയ ആളുകൾ കണ്ടിട്ടുണ്ട് ക്ഷേത്രം രൂപ രൂപകൽപ്പന ചെയ്തത് അങ്ങനെയാണ് എല്ലാ പ്രകാരത്തിലുള്ള വികാര വിചാരങ്ങളെയും ഈശ്വരനിലേക്ക് അടുപ്പിക്കാനായിട്ട് അവര് അത്തരത്തിലുള്ള മൂർത്തികളെയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചു ഒരുപാട് സംഗതികളുണ്ട് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകുന്നത് പണ്ട് ഒരുവൻ പരീക്ഷ പാസ്സാവാനോ ജോലി പ്രമോഷനോ അല്ലെങ്കിൽ രോഗം മാറാനോ ആയിരുന്നില്ല ആ പ്രപഞ്ചത്തിന്റെ സത്യം അറിയുന്നതിന് തന്റെ മനസ്സിനെ ശാന്തമാക്കുന്നതിനായിക്കൊണ്ട ആ ഉദ്ദേശങ്ങളിൽ നിന്നൊക്കെ ക്ഷേത്രങ്ങൾ ഇന്ന് വ്യതിചലി ക്ഷേത്രങ്ങൾ വ്യതിചലിക്കുക അല്ല നമ്മൾ വ്യതിചലിച്ചു എന്ന് പറയാം അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ആധുനിക ക്ഷേത്രം ഉണ്ടല്ലോ വിവര വില വിവര പട്ടിക വെച്ചതുപോലെ മുൻപിലിങ്ങനെ വെച്ചിരിക്കുക നെയ് പായസിന ഇതിത്ര ഇതിത്ര ഇത്ര ഇത്ര ഇത്ര ഇതിരി ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നിനിങ്ങനെ ഓ ഇതിലേത കുറവുള്ളത് ചിലരിങ്ങനെ എഴുതിയെടുക്കണം അഭിപ്രായത്തിന് ഇത്ര കാരണം കുട്ടി വീട്ടിലാണെങ്കിൽ കുറെ ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഓരോരുത്തരും ഓരോന്ന് ഓരോന്ന് കഴിക്കണമെങ്കിൽ ഇത്ര ഇത്ര കാശ് ഇതൊന്നും ഇത് ഇത് ഇതൊന്നും ആയിരുന്നില്ല പണ്ടത്തെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് വാതിലുകൾ തന്നെ ഇല്ലായിരുന്നു കരിങ്കൽ വിളക്കും പിന്നെ കരിങ്കൽ വിഗ്രഹവും ആരെടുത്തു കൊണ്ടുപോകാനാ നമ്മളതിലിങ്ങനെ ഓരോന്ന് സ്വർണ്ണവും അതും ഇതൊക്കെ പൂശിയതോടുകൂടി പിന്നെ അമ്പലത്തിനും കാവല് വേണമെന്നായി പഴയ വളരെ പഴയ ക്ഷേത്രങ്ങളൊക്കെ വളരെ പഴയ ക്ഷേത്രങ്ങളൊക്കെ നിലനിൽ നിലനിന്നിരുന്നത് അത്തരത്തിലൊരു രീതിയിലാണ് പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു നമുക്ക് പലതും ക്ഷേത്ര സംസ്കാരം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിയായിട്ടുള്ള ക്ഷേത്രം അവിടേക്ക് പോകുന്ന സ്വാമി എന്തെങ്കിലും പറയുമ്പം നിങ്ങൾ ഉടനെ അങ്ങനെ അതിനെ എടുക്കരുത് പക്ഷേ ഇവിടെ ശാസ്ത്രം പറയുന്ന സമയത്ത് ഭഗവാനെ യഹ ോകാനു എന്താ പറയുക യഹ മഹാനുഭാവാൻ സേവതേ ആരാണോ മഹാനുഭാവനെ സേവിക്കുന്നത് എന്ന് പറയുമ്പം ആ ഭഗവാനെ സേവിക്കുന്നതെന്ന് പറയുമ്പം നമ്മൾ ഇതുവരെ സേവ നടത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളെ സംബന്ധിക്കുന്ന ഈശ്വര സേവ എന്നുള്ളത് ഇപ്പോഴും സ്വാമി ഇത്ര ദിവസം അമ്പത്തിനാല് ദിവസം നൂറ്റിയെട്ട് നൂറ്റിയൊൻപതാമത്തെ ദിവസവും ഇത് നമുക്ക് ഉറ ഉറക്കുന്നില്ല വലിയ കഷ്ടമായിരിക്കും കാര്യം പൂജ ഈശ്വര സേവ എന്ന് പറയുമ്പം ഇപ്പോഴുള്ള ചെയ്യുന്നതൊക്കെ ഇപ്പോഴുള്ളത് ഈ നേരത്തെ കുട്ടി സ്കൂളിൽ പാടുന്നത് പോലെ തന്നെയാ അത് തന്നെ മാറേണ്ടതുണ്ട് എന്ന് പറയാം ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷെടുത്ത് പല്ലു തേക്കാൻ പോകുന്നത് എന്താണ് ബ്രഹ്മപൂജ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മയവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന നാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ കണ്ടിട്ടുള്ളതാണ് അതിനൊന്ന് ഒരു മാറ്റവും വരുത്തരുത് അപ്പം നാരദർ പറയണു യഹ മഹാനുഭാവം സേവതേ രണ്ടാമത് പറയുന്നു യഹ നിർമ്മ മഹാഭവതി എന്ത് മായെ ജയിക്കാനാണേ ഇപ്പൊ മഹാനുഭാവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ അന്വേഷിക്കുക സേവന എന്നുള്ളത് അന്വേഷണമാണ് ഈശ്വര പൂജ ഈശ്വര സേവ എന്ന് പറയുമ്പം ഇപ്പോഴുള്ള ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഉള്ളത് ഈ നേരത്തെ കുട്ടി സ്കൂളിൽ പാടുന്നത് പോലെ തന്നെയാ അത് തന്നെ ഒന്ന് മാറേണ്ടതുണ്ട് എന്ന് പറയാം ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷെടുത്ത് പല്ലു തേക്കാൻ പോകുന്നത് എന്താണ് ബ്രഹ്മപൂജ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നവ് ബ്രഹ്മണാഹുതം ബ്രഹ്മയവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന നാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ കണ്ടിട്ടുള്ളതാണ് അതിനൊന്നും ഒരു മാറ്റവും വരുത്തരുത് അപ്പം നാരദർ പറയണു യഹ മഹാനുഭാവം സേവതേ രണ്ടാമത് പറയുന്നു യഹ നിർമ്മ മഹാഭവതി എന്ത് മായയെ ജയിക്കാനാണേ ഇപ്പൊ മഹാനുഭാവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ അന്വേഷിക്കുക സേവന എന്നുള്ളത് അന്വേഷണമാണ് അന്വേഷിച്ച് ഭഗവാനെ കണ്ടെത്തുക എങ്ങനെയാണ് നാമരൂപാദികളെ അഴിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കണ്ടെത്തിയ അപ്പോ അവിടെ എന്തില്ല മായയില്ല പിന്നെ യഹ സംഘം യഹ നിർമ്മമഹ ഭവതി യാതൊരുവനാണോ നിർമ്മമനായിട്ട് മമത്വമില്ലാത്തവനായി നിലകൊള്ളുന്നത് യോ വിവിക്തസ്ഥാനം സേവത ആരാണോ വിജനതയെ സേവിക്കുന്നത് വിവിക്തസ്ഥാനം സേവത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ പോയി ഇരിക്കുന്നത് എന്നല്ല ശബ്ദത്തിന്റെ സാരം അങ്ങനെയായിട്ട് വരും ഏകാന്തതയിൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ ആശ്രയിക്കാതെ തന്നെ തന്നെ ആശ്രയിക്കുന്നത് വിവിക്തസ്ഥാനം സേവത യഹ ലോകബന്ധം ഉന്മൂലയതി നാരദർ പറയുന്നതാണ് ഇതൊക്കെ യഹ യാതൊരുവനാണോ ലോകബന്ധം ഉന്മൂലയതി ലോകത്തിന്റെ ബന്ധങ്ങളെ പൂർണ്ണമായി ഛേദിക്കുന്നത് ആരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല അതൊരു സത്യമാണ് മതി എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ ഇടയ്ക്ക് കഥകടയ്ക്കുന്നില്ലേ എനിക്ക് ആരുമായിട്ട് നിങ്ങളായിട്ട് ഒരാളുമായിട്ട് ഒരു ബന്ധവുമില്ല നിങ്ങളാരും എന്റെ ഒരു കാര്യവും അന്വേഷിക്കേണ്ട അറിവിൽ നിന്ന് വന്നാൽ നല്ലതാ യഹ ഏതൊരുവനാണ് അങ്ങനെ ലോകത്തിന് ആ പതിനഞ്ചാം അധ്യായത്തില് ഭഗവാൻ വിശ്വത്തെ അരയാലാക്കി മുറിച്ച് താഴെയിടാൻ പറയുന്നുണ്ട് യഹ ലോകബന്ധം ഉന്മൂലയതി യഹ നിസ്ത്രൈഗുണ്യോ ഭവതി വീണ്ടും നാരദര് പറയുന്നു യഹ യാതൊരുവനാണ് നിസ്ത്രൈഗുണ്യ ഭവതി ത്രിഗുണാതീതനായി മൂന്ന് ഗുണങ്ങളെയും അതിവർത്തിക്കുന്നതാരാണ് യഹ നിസ്ത്രൈകുണ്യോ ഭവതി യഹ യോഗേമം ത്യജതി യഹ യാതൊരുവനാണ് യോഗത്തെയും ക്ഷേമത്തെയും ത്യജിക്കുന്നത് യോഗം എന്ന് പറഞ്ഞാൽ നേടാനുള്ളത് ക്ഷേമം എന്ന് പറഞ്ഞാൽ നേടിയതിന്റെ സംരക്ഷണം ഇനി നേടാൻ കുറേ എന്നും നേടിയതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും ആരാണോ ചിന്തിക്കാത്തത് അവൻ പിന്നെയോ യഹ കർമ്മഫലം ത്യജതി മായെ ജയിക്കുന്ന കാര്യമാണ് പറയുന്നത് യഹ കർമ്മഫലം ത്യജതി ഗീത തന്നെയാണ് നാരതര് ഭക്തിസൂത്രത്തിൽ പറഞ്ഞത് കർമ്മഫലത്തെ ആരാണോ ത്യജിക്കുന്നത് എന്ന് പറഞ്ഞ കർമ്മഫല സംഘമില്ലാതെ കർമ്മം ചെയ്യുന്നവൻ ആര് കർമാണി സന്യസ്യതി കർമ്മത്തെ സന്യസിക്കുന്നതാര് കർമാണി സന്യസ്യതി എന്ന് പറഞ്ഞാ ഞാൻ ചെയ്തു എന്ന ഭാവ ഭാവം ആർക്കില്ലയോ അവൻ കർമ്മാണ് സന്യസ്യതി തദോ നിർദ്വന്വോ ഭവതി അതിനനുസരിച്ചവൻ നിർദ്വന്ദ്വനായിട്ട് എല്ലാ ദ്വന്ദ്വങ്ങളെയും അതിവർത്തിച്ചവനാര് സുഖം ദുഃഖം ലാഭം നഷ്ടം മാനം അപമാനം ഇത്യാദി ദ്വൈതങ്ങളെ ദ്വന്വങ്ങളെ അതിവർത്തിച്ചവനാര് അടുത്തത് കുറച്ചുകൂടെ കഠിനമായിട്ടാണ് പറയുന്നത് യഹ യാതൊരുവനാണോ വേദാൻ അതി സന്യസ്യതി വേദങ്ങളെ പോലും എടുത്ത് മാറ്റിവെച്ചവനാര് വേദാനപി പരമപ്രമാണമെന്ന് കരുതുന്ന ഈ വേദശാസ്ത്രങ്ങളെ പോലും ആരാണോ സന്യസ്യതി സന്യസിച്ചത് ഉപേക്ഷിച്ചത് അങ്ങനെയാണെങ്കിൽ എത്രയോ ആൾക്കാരുണ്ട് സ്വാമി ഇപ്പൊ അഴുക്കി നോക്കാത്തവര് ആദ്യമേ അവരുപേക്ഷിച്ചിരിക്കുക അവർക്ക് ഒരു വേദമില്ല എന്ന് പറയാം എന്നിട്ടോ കേവലം അവിഛിന്നാനുരാഗം ഭവതി കേവലം ആ കൈവല്യത്തെ ആ കൈവല്യപ്രാപ്തിയിൽ അങ്ങനെ നിലകൊള്ളുന്നവനാര് ആരുതര് പറയണു സഹ തരതി സ തരതി അവൻ ജയിക്കുന്നു അവൻ ജയിക്കുന്നു സലോകാൻ താരയതി അവൻ എല്ലാ ലോകങ്ങളെയും താരണം ചെയ്യുന്നു അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞു എന്താ ഭഗവാൻ ഇവിടെ പറഞ്ഞത് ഏഷമായ ദുരത്യ എന്റെ മായ കുറച്ച് ദുരിതമാണ് അതിനെ താരണം ചെയ്യുക എന്നത് കുറച്ച് വിഷമമാണ് കുറച്ച് വിഷമം പിടിച്ച പണിയാണ് പക്ഷേ ശ്രദ്ധയുണ്ടെങ്കിൽ അതൊക്കെ എന്താ നടക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാം ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യർ പറയും മാകുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത്കാല സർവം അടുത്ത വരി മായാമയതമഖിലം ബുദ്ധ ബ്രഹ്മപദം ത്വം പ്രവിശവിധിത്വ നമ്മളെ സംബന്ധിക്കുന്ന മായ ശങ്കരാചാര്യര് വളരെ സംഗ്രഹിച്ച് ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മളെ പിടികൂടിയിട്ടുള്ള മായ മാ വേണ്ട അരുത് എന്തിലൊക്കെ ധനം ജനം യൗവനം ഇത് മൂന്നുണ്ടെങ്കിൽ പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടില്ല ഇവനെ ഇവളെ ധനം ജനം യൗവനം മാ കുരു വേണ്ട എന്താണ് മായ ഇത് മായയാണ് ഹരതി നിമേഷ കാലസർവം കാലം ഇതിനെയൊക്കെ നിമിഷം ഹനിക്കുന്നതാണ് അതുകൊണ്ട് നീ ഈ മായയിൽ പെടാതെ ബ്രഹ്മപഥത്തെ അന്വേഷിക്കൂ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറയുന്നു സ്വാമി ഈ മാ ഈ എന്താ ധനത്തെയൊക്കെ അധിവർത്തിക്കുക ലോകബന്ധം ഉന്മൂലനം ചെയ്യുക മഹാനുഭാവനെ സേവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അതെ അതുകൊണ്ടാണ് ഇതിനെന്ത് പറഞ്ഞത് എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഇതൊരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മായയെ ജയിക്കാം അല്ലെങ്കിലോ വരുന്ന എഴുത്തുകളും ടെലിഫോൺ കോളുകളും കേൾക്കുന്ന അപവാദങ്ങളും സ്തുതികളും എല്ലാം മായയാണ് ഈ മായയെ ജയിക്കണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറയാം ഏതാം മായാം തരന്തി എന്നെ പ്രാപിച്ചാൽ എന്നെ പ്രാപിച്ചാൽ പിന്നെ എന്തില്ല മായയില്ല എന്ന് പറയാം അല്ലെങ്കിൽ മായ തന്നെ മായ നമ്മൾ കല്യാണം കഴിച്ചു എന്നും അതിൽ കുട്ടികളുണ്ട് പിന്നെ അവർക്ക് ഇന്നതൊക്കെ ചെയ്യണമെന്നും അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കണതെന്നും നമുക്കെന്ത് നമുക്കൊരു സ്ഥലത്തുനിന്ന് ഒരു വീട്ടിൽ പോയിട്ട് നാം ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിച്ചു വന്നിരിക്കട്ടെ അടുത്ത വീട്ടിൽ പോയിട്ട് പിന്നെ നമുക്കതിനൊരു കടമ്പ് ഇട്ടണം അവരെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കണം അല്ലാതെ എങ്ങനെയാണ് ശരിയാവുന്നത് അവരിങ്ങോട്ട് വന്ന് ഊണ് കഴിക്കട്ടെ ഒരു ദിവസം നാം ഊണ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയും ഇത് നിങ്ങളെല്ലാം ഒരു ദിവസം അങ്ങോട്ട് വരണം കേട്ടോ വരാൻ വരാം കാരണം അത് ഉള്ള ഒരു അഗ്രിമെന്റോടുകൂടിയാണ് ഈ വിളമ്പി കൊടുക്കുന്നത് തന്നെ ഞങ്ങൾ വരും വരാം എല്ലാവരും വരാം ഒരു ഞായറാഴ്ച തന്നെ ആവാം വളരെ രസകര ഇതൊക്കെ മായ തന്നെയാന്ന് പറയാം ഒരാളുടെ ഭാര്യ മരിച്ചു അപ്പൊ അദ്ദേഹം അടുത്ത വീട്ടിലെ ആള് പോയിട്ട് ഒക്കെ തമാശ പറയുന്ന കേട്ടോ നിങ്ങൾ തമാശയായിട്ട് തന്നെ എടുത്താൽ മതി അപ്പൊ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അദ്ദേഹം തിരിച്ചു വീട്ടിൽ വന്ന് പതിനാറ് അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ സദ്യവട്ടങ്ങളോ അതിൻ്റെ എല്ലാം ഇതിനൊക്കെ പോയി അദ്ദേഹം വീണ്ടും കല്യാണം കഴിച്ചു പിന്നെ എന്തോ അവരും മരിച്ചു ഭാര്യ വാരില്ല എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് അവരും മരിച്ചു പക്ഷെ അദ്ദേഹം ഈ നമ്മളെ മുൻപ് പോയ ആൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ ഇവിടെ ഭാര്യ ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങോട്ട് പോവാത്ത അല്ല അദ്ദേഹത്തിനെ ഇതുവരെ എനിക്കിവിടെ വിളിച്ച അതുപോലെ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല മനസ്സിലായില്ല അത്രമേൽ മായയാണ് അതിനെ മായ ദുരത്യ എന്ന് പറയുക തരണം ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലൊക്കെ ഒരുപാട് ഉപചാരങ്ങളും ഔപചാരികത ഒരുപാടുണ്ട് അതിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അതൊക്കെ സത്യമായി നാം എണ്ണുന്നു നമ്മളൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോലെ നമ്മളെ ബഹുമാനിച്ചില്ല എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടായാൽ മതി അപ്പൊ കഴിഞ്ഞു കഥ എല്ലാം പഠിച്ച ശാസ്ത്രം എല്ലാം കഴിഞ്ഞു എന്താണത് ഓർത്തുകൊള്ളുക മായയാണ് ഇന്നലെ നമ്മൾ പറയാ എന്താണ് ഈ മായ ഇതൊക്കെ തന്നെ ഈ മായ എന്നിട്ട് ഇദ്ദേഹം ഈ മായയെക്കുറിച്ചുള്ള വലിയ വലിയ കിതാബുകളൊക്കെ എടുത്തു വെച്ച് വായിക്കുക ഇത് തന്നെ മായ നമ്മൾ പ്രതീ പ്രതീക്ഷിച്ചു പ്രമോഷൻ പക്ഷേ സമയത്തിന് വേറെ ആൾക്കാ പ്രമോഷൻ നമുക്കല്ല നമ്മൾ അപ്പോൾ എഴുതി എന്താ എന്താ റിസിഗ്നേഷൻ മാറ്റി ജോലി എനിക്ക് വേണ്ടി എന്താണത് മായ എന്നിട്ട് നമ്മൾ അന്വേഷിക്കുക മായ ഇവിടെ ഇത് മായയാണ് അതെല്ലാം താൽക്കാലികമാണ് അതിനെ തരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അത് ആരാ തരണം ചെയ്യുന്നത് എന്നെ ആശ്രയിച്ചിട്ടുള്ളവൻ ഭഗവാൻ പറയും അടുത്ത ശ്ലോകത്തിലും നമാം ദുഷ്കൃതി നമാം ദുഷ്കൃതിന മൂഢാ പ്രപഥ്യന്തി നരാധമാ അപഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത ആസുരം ഭാവം ആശ്രിത ആരാണ് അസുരസംബന്ധിയായ ഭാവത്തെ ആരാണോ ആശ്രയിച്ചിട്ടുള്ളത് ആരാണത്രേ അസുരൻ ഓർമ്മ വേണം അസു പ്രാണേഷു ഇന്ദ്രിയു രമന്ത് അസുരാ ങ്ങളിൽ രമിക്കുന്നവൻ അസുരൻ അതായത് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും സത്യമാണ് എന്ന് കരുതി ഇതിനു വേണ്ടി ജീവിതത്തെ ഹോമിക്കുന്നത് അപ്പൊ ഈ അസുരന്മാര് അയ്യായിരത്തി ചില്ലാനും വർഷം മുൻ മുൻപുണ്ടായിരുന്നവരാണോ അല്ല ഇന്നും അവര് വളരെ വളരെ സജീവമാണ് അസുരന്റെ രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശു എന്നൊക്കെയാണ് അല്ലെ അസുരന്മാരുടെ വിദ്യാലയത്തിൽ എന്താ പഠിപ്പിക്കണതെന്ന് ചോദിച്ചാൽ ഹിരണ്യായ നമഹർണ്ണം വേണം അപ്പൊ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം സ്വർണ്ണമാണ് ആസുരചിന്തയുടെ അടിസ്ഥാനം സ്വർണ്ണത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്നവൻ അസുരനാണ് അങ്ങനെയാണ് ഇന്ന് അസുരന്മാരുടെ ഷോപ്പിന്റെ കളിയാണല്ലേ അതെ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വർണത്തിലേക്ക് കണ്ണുവെച്ചിരിക്കുന്നവൻ എന്ന് തന്നെയാണ് ഹിരണ്യ കശിപു എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തെ തലയിണയാക്കിയവൻ സ്വർണത്തെ കട്ടിലാക്കിയവൻ എന്നൊക്കെ ഇതൊക്കെ ആസുരികമായിട്ടുള്ള ഭാവങ്ങളാണ് അതേസമയത്ത് ആ സ്വർണം അത് ലക്ഷ്മിയാണ് ധനമാണ് ഒക്കെയാണ് ആസുരം ഭാവം ആശ്രിതാഹ ആസുരമായ ആസുര സംബന്ധിയായ ഭാവത്തെ ആശ്രയിച്ചിട്ടുള്ള ഈ ജഗത്ത് ഈ വിശ്വം എന്ന് പറഞ്ഞാൽ എന്താ ഇത് നമുക്ക് അനുഭവിക്കാനുള്ളതാ എങ്ങനെ അനുഭവിക്കാം എങ്ങനെ വേണമെങ്കിൽ അനുഭവിക്കാം അതുകൊണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് തൂഫാനാക്കാം ബാട പൂവാ നമുക്ക് പെട്രോൾ അടിക്കും അച്ഛൻ കിടന്നുറങ്ങുകയാണെങ്കിൽ വണ്ടി അച്ഛനോടൊന്നും ചോദിക്കേണ്ട എടുത്തും കിട്ടുവാ നമുക്ക് ഗേറ്റ് തുറന്ന് പുറത്തുനിന്ന് സ്റ്റാർട്ടാക്കിയാൽ മതി എന്ന് പറയാം വെട്ടിന്ന് സ്റ്റാർട്ടാക്കിയാ അച്ഛൻ ഉണരും അതുകൊണ്ട് ഞായറാഴ്ച ഈ പാവാണ് കുട്ടികളുടെയൊക്കെ കാര്യം ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ് ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്കധികം അങ്ങനെ അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല അവരെ അവരെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല എന്ന് പറയും സംശയത്തിന്റെ ആസുരം ഭാവം ആശ്രയിത ആസുരഭാവം ആളുകൾ ആശ്രയിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് ആരും ഗൈഡ് ചെയ്യാനില്ല അതിനെ ആശ്രയിച്ച് മായയാ മായയാൽ അപഹൃതജ്ഞാനാഹ ജ്ഞാനം അപഹരിക്കപ്പെട്ടിട്ടുള്ള ആസുരമായ ഭാവത്തെ ആശ്രയിച്ച് അതിൽ നിന്ന് മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടുകൂടിയിട്ട് നോക്കൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപഹരിച്ചു എന്നാണ് ഇതിന് പുരാണമൊക്കെ പറയുന്ന സമയത്താണല്ലോ വേദം കട്ടുകൊണ്ടുപോയി അസുരന്മാർ എന്ന് പറയുന്നത് അത് ഇതാണ് നമ്മുടെ അറിവിനെ കട്ടുകൊണ്ടുപോയി ആര് കൊണ്ടുപോയി ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോയി ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിറകെ കൊണ്ടുപോയി നമുക്ക് പറയില്ല അപഹരിച്ചു അങ്ങനെയുള്ള അപഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനാരാണ് ദുഷ്കൃതിനഹ ദുഷ്കൃതി എന്ന് പിന്നെ അവന്റെ കർമ്മങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാവൂ ഉണ്ടാവില്ല എന്ന് പറയാം ദുഷ്കൃതിനഹ അല്ലെങ്കിലോ കർമ്മങ്ങൾ ഒരുവനെ ധ്യാനത്തിലേക്ക് നയിക്കുന്നു ഏതൊരുവന്റെയും കർമ്മം ധ്യാനത്തിലേക്ക് നയിക്കുന്നില്ല അതെല്ലാം ദുഷ്കൃതികളാണ് എന്നറിഞ്ഞുകൊള്ളുക കർമ്മം നമ്മെ കൊണ്ടുപോകേണ്ടത് ധ്യാനത്തിലേക്കാണ് കർമ്മം ധ്യാനത്തിലേക്ക് അടുപ്പിക്കണം ഏത് കർമ്മവും അല്ലെങ്കിൽ എല്ലാം ദുഷ്കൃതിയാണ് എന്നറിഞ്ഞുകൊള്ളുക ദുഷ്കൃതിനഹ അങ്ങനെയുള്ളവരാരാണ് അത്ര ഭഗവാൻ പറയണു മൂഢാഹ മൂഢന്മാർ നരാധമാഹ നരാധമന്മാരാണ് മനുഷ്യന്മാരെ തന്നെ കൊല്ലുന്നവരാണെന്ന് പറയാം അധമന്മാർ മുടബുദ്ധികൾ ആരാധമന്മാരായിട്ടുള്ള അവർ മാം എന്നെ ന പ്രപദ്ധ്യത്തെ എന്നെ പ്രാപിക്കുന്നില്ല ആരാണ് എന്നെ പ്രാപിക്കാത്തത് ആസുര സംബന്ധിയായ ആസുരഭാവത്തോടുകൂടിയിട്ടുള്ള മനോവൃത്തിയെ ആശ്രയിച്ചിട്ടുള്ളവരും ആ മനോവൃത്തിയെ ആശ്രയിച്ചതിൽ തദ്വാര അവരുടെ മനസ്സ് അപഹരിക്കപ്പെടുകയും അങ്ങനെ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയിട്ടുള്ള അവർ ദുഷ്കൃതികളുടെ വക്താക്കളും ഉടമകളുമായി തീരുകയും അവരെന്നെ ഒരിക്കലും അറിയുന്നില്ല പ്രാപിക്കുന്നില്ല എന്ന് പറയാം അവരിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം സുഹൃതികൾ എന്ന് പറഞ്ഞാലോ സുഹൃതികൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളവരാണ് അവർ ഭഗവാൻ അവർക്ക് അവരീ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എന്താ ഈ ഔപചാരികതയിലൊന്നും അവര് നിലകൊള്ളുന്നില്ല എന്ന് പറയാം ഒരു ഗ്രൂപ്പ് ആളുകളുടെ ഇത്തരത്തിലുള്ള ചിന്തകളെ ഈ മുല്ല നസ്രുദ്ദീന്റെ ഒരു കഥയിൽ അദ്ദേഹം അത് മാറ്റുന്നുണ്ട് എന്ന് പറയാം അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം ഒരു കോളനിയിൽ താമസിക്കാൻ പോയി പുതുതായിട്ട് അപ്പൊ കോളനിയിൽ താമസിക്കാൻ വന്ന ഈ മുല്ലയെ കണ്ടിട്ട് ആർക്കും ഒരു മുല്ലയോട് ഒരു ബഹുമാനോ ബഹുമാനം പോട്ടെ അയാളൊരു മനുഷ്യനാണെന്ന് പോലും പരിഗണിക്കുന്നില്ല കോളനിവാസികള് പരസ്പരം പിറന്നാൾ ആഘോഷിക്കുക പിന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇങ്ങനെ സിൽവർ ജൂബിലി ഗോൾഡൻ ജൂബിലി ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിക്കുമ്പം മുല്ലയോട് അവരാരും ഒന്നും പറയാറില്ല എന്നാ മുല്ല നിങ്ങൾ വരണം വീട്ടിൽ എന്ന് ആരും അറിയില്ല അങ്ങനെ ഒരു ദിവസം മുല്ലയ്ക്ക് തോന്നി ഇതൊന്നും തിരുത്തണമല്ലോ എന്ന് മുല്ല എന്ത് ചെയ്തു നല്ല കറുത്ത കോട്ടും കറുത്ത വസ്ത്രം ധരിച്ചിട്ട് മുല്ല അങ്ങനെ നല്ല എവിടെയോ പോവാൻ റെഡിയായി നിൽക്കുന്നത് അങ്ങനെ പുറത്തിറങ്ങി നിന്നു അപ്പൊ അതിലെ കോളനിയിൽ ഒരാൾ ചോദിച്ചു എന്താമില്ല കറുപ്പ് ധരിക്കാൻ കാരണം ആരെങ്കിലും കുടുംബക്കാരെങ്കിലും മരിച്ചോ എന്ന് ചോദിച്ചു ഇല്ല കുടുംബക്കാരും മരിച്ചിട്ടില്ല ആരെങ്കിലും മരിച്ചാൽ തന്നെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഞാൻ കറപ്പ് കൊടുക്കില്ല എന്ന് പറയാം കറപ്പ് വിടാൻ ഞാൻ തയ്യാറില്ല പിന്നെ ആരാ മരിച്ചത് പിന്നെ ആരെങ്കിലും മരിച്ചോ ആരെങ്കിലും അഥവാ മരിച്ച് എന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് ഉടനെ പോകാൻ വേണ്ടിയിട്ട് ഈ കോളനിയിൽ ആരെങ്കിലും മരിച്ചാൽ ഉടനെ കയറി ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ കറുപ്പിട്ട് റെഡിയായി നിൽക്കുക എന്ന് പറയാം അപ്പൊ അതെന്താ മില്ല അങ്ങനെ അതെ ഞാൻ ദുഃഖത്തിൽ എനിക്ക് പങ്കുചേരാൻ ആരുടെയും ഞാനത് മറ്റുള്ളവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ അവരാഗ്രഹിക്കുന്നില്ല എന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ല എങ്കിലും പക്ഷെ ഞാൻ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ അവരെ സാന്ത്വനിപ്പിക്കാനുള്ള ഒരു മനസ്സ് ഞാനിത് ഈ കറുത്ത കൂട്ട് വെട്ട് നിൽക്കുകയാണെന്ന് പറയാം അതവരെ മാറ്റി ചിന്തിപ്പിച്ചു എന്നാണ് കാരണം ഇതാ ഞാൻ റെഡിയാണ് നിങ്ങളുടെ ദുഃഖത്തിലേക്ക് വരാൻ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവിടെ വരും മറ്റതങ്ങനെയല്ല മറ്റത് വെറും നമ്മളിങ്ങനെ ഈ ആരെയൊക്കെ ഇപ്പം കുട്ടികളുടെ കല്യാണം വരികയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കും ആരെയൊക്കെ വിളിക്കണം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞെന്നേക്കാം അവരിവരി ഇങ്ങോട്ട് കിട്ടിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ താലി കിട്ടുന്നിടത്ത് ഞാൻ ഉണ്ടാവില്ല പറഞ്ഞില്ല എന്ന് വേണ്ട നമ്മൾ ആദ്യം അങ്ങോട്ട് പറയും ഇന്ന ആളുകളൊന്നും കാണാൻ പാടില്ല ആ സ്ഥലത്ത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒരു ബസ്സിനുള്ള ആൾ ആദ്യ ഒരു ബസ്സിൽ തുടങ്ങും പിന്നെ അതൊരു ടെമ്പോലാവും അവസാനം ഒരു ഓട്ടോറിക്ഷയിലാവും അത് അത്രയാളെ നമുക്ക് കൊണ്ടുപോയാൽ മതി അവിടെ വെച്ച് ആരും വേണ്ട ഇങ്ങനെ ഈ എന്താ ഈ ബാഹ്യമായ ഇതിലൊന്നും നിൽക്കാതെ അതിനെയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്ന ആസുരിക ഭാവത്തെയൊക്കെ ജയിച്ച സുരന്മാർ അവരെന്ത് ചെയ്യുന്നു എന്നെ പ്രാപിക്കുന്നു നരാധമന്മാർ എന്നെ പ്രാപിക്കുന്നില്ല അടുത്തത് ഭഗവാൻ ഭക്തന്മാർ ഏതൊക്കെയുണ്ട് ഭക്തിയുടെ ലക്ഷണങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക അവകാശം എന്നെ എത്ര കൂട്ടർ ഏതൊക്കെ ഭജിക്കുന്നു എന്നല്ല ചതുർവിധാ ഭജൻ സുഹൃ आर्तो चा हे चुर्विधंदे हे आर्त जिज्ञासुभ भरद मुख्यना अलयो अर्जुन എന്നെ ആളുകൾ നാല് പ്രകാരത്തിൽ ഭജിക്കുന്നു ചതുർവിധ ഭജന്തേമാം നാല് പ്രകാരത്തിലാണ് ആളുകൾ എന്നെ ഭജിക്കുന്നത് ആരൊക്കെയാണ് അവർ ആർത്തഹ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ ദുഃഖം വന്ന് ഈശ്വരനെ ഭജിക്കുന്നവർ നിരീശ്വരവാദമൊക്കെ നല്ല രസമാണ് ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് ഒന്ന് തൊട്ടാമതി മറിഞ്ഞു വീണ്ടാവും എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ഭഗവാനോട് പറയും അല്ലയോ ഭഗവാനെ ഭഗവാനെ പിന്നെ രക്ഷപ്പെടുത്തണേ ഇന്നടുത്ത് ഇന്നത് ഇന്നോ എന്താ ഇളനീരിൽ തൂക്കാന്നോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മൈസൂർ പഴത്തിലോ കതിലി പഴ അപ്പൊ തന്നെ ചിലപ്പോ അതിനൊക്കെ കോംപ്രമൈസ് ഉണ്ടാവും രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് പറയും ഞാൻ ഇന്നെന്നതൊക്കെ നേർന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പോണം ആ സമയത്തുണ്ടല്ലോ ഇങ്ങവരുടെ എല്ലാ നിരീശ്വരവാദവും ഒക്കെ പൊളിഞ്ഞിട്ട് ഒരു പരിവർത്തിനായിട്ടുണ്ടാവും നീ എവിടെയാച്ചോ എന്താച്ചാ പറഞ്ഞു ഇനി ഇപ്പൊ അതിനൊന്നും ഒരു നെനക്ക് വേണ്ടിയിട്ട് ഞാൻ വരാമെന്ന് അപ്പോഴേക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രാ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലുമൊക്കെ വിറ്റായിട്ടുണ്ടാവും പിന്നെ അത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്നും അപ്പൊ എല്ലാ ദൈവങ്ങളും വരികയായി നിരീശ്വരവാദികൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പാവങ്ങളാണ് അവർ ഒരുപാട് പേരെ നമുക്കറിയാം ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് പേര്